സിംഗ ഭക്ഷേമ ജോലി നമുക്ക് A. B. 다가 terminar caer Jahreș трâng or 깨Lee. തോഹ അന്വേഷ്യത്മാനം വിദ്യർജനിഷദോ ഭക്ഷ്യത്തി ുരാ തീർന്നിരി സഹൃദയാ വിരോചനോ അസുരാൻ ജഗാമ കെബ്യേദമുപനിഷത്ത പ്രവാച ആത്മേവേഹമുഹയ്യ ആത്മാ പരിചര ആത്മാനമേഹമഹൈൻ ആത്മാനം പരിചരൻ ചനയോരാഗ്മർഭാസക്തയോ വിസ്മരണ സാസ്യക്ഷ പ്രത്യക്ഷവചന തയോദുർഗം ും ഭാഷ്യം വ്യാഖ്യാനിക്കുന്നതും ആ ഗുരുശിഷ്യ ബന്ധത്തെ കുറിച്ചാണ് പറയുന്നത് ഏവൻ തയോർഗതയോ എന്ത്രിപ്പിച്ചു വിരോചനോ രാജ്ഞോഹോ ഭാസക്തയോ രണ്ടുപേരും ഗുരുകുലത്തിൽ വന്നു പ്രജാപതിയുടെ സമീപത്ത് താമസിച്ചു ബ്രഹ്മചര്യം അനുഷ്ഠിച്ചു തപസനുഷ്ഠിച്ചു അവരോട് ഉപദേശിച്ചു ഉപദേശം കേട്ട് രണ്ടുപേരും അവരുടെ നിലയ്ക്ക് എന്തൊക്കെ ധരിച്ചു കൃതാർത്ഥരായി ഇന്ദ്രവിലോചനയോ രണ്ടുപേരും രാജ്ഞോ രണ്ടുപേരും രാജാക്കന്മാരാണ് ഭോഗാസക്തയോഹോ രണ്ടുപേർക്കും തിരിച്ചുപോയി രാജഭോഗങ്ങളൊക്കെ അനുഭവിക്കണമെന്നുണ്ട് യഥോക്ത വിസ്മരണ സേവ്യത്യാശങ്ക അങ്ങനെ പേര് തിരിച്ചു പോവുകയാണ് രണ്ടുപേരും കൃതാർത്ഥരായി ഇവിടെ പറഞ്ഞു അവരെന്താണ് ശാന്തഹൃദയോ പ്രപംപ്രതി തൊക്കെ ഒരു ശാന്തഹൃദയന്മാരായി വന്ന കാര്യം പ്രജാപതി കണ്ട കാര്യം നേടി എന്നുള്ള നാട്ടിൽ രണ്ടുപേരും തിരിച്ചു പോയി പക്ഷെ അവിടെയും എന്താണ് വീണ്ടും അവർ തിരിച്ചു പോകുന്നത് കണ്ടപ്പോ ഇവിടെ പ്രജാപതി ഗുരു പരിധി എന്താണ് എന്തായാലും ഇവരൊക്കെ ശാന്തഹൃദയന്മാരായി പോവുകയാണ് ഇതിൻ്റെ അവസാനമല്ല താൻ അവർ ഉപദേശിച്ച കാര്യങ്ങൾ ഇനിയും അവർ മനനം ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നും പറഞ്ഞു കേട്ടു മനനം ചെയ്തു പക്ഷേ കാര്യം പിടിയിട്ടില്ല എന്തുകൊണ്ട് തടസ്സങ്ങളുണ്ടായിരുന്നു എന്തോ തടസ്സങ്ങളുള്ളത് കൊണ്ടാണ് അപ്പൊ ഈ തത്കാലം ഉണ്ടാകുന്ന ഒരു ഹൃദയ ശാന്തി എന്നത് ക്ഷമയേ വ അതൊരു ക്ഷമെന്ന് പറയാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു അതൊരു താത്കാലികമായ ശാന്തിയാണ് എന്തെങ്കിലും കേൾക്കുമ്പോൾ മനസ്സിനൊരു ആശ്വാസം വളരെ ദുഃഖിച്ചിരിക്കുന്ന ഒരാളുടെ അടുത്ത് എന്തെങ്കിലും സമാധാന വാക്കുകൾ പറഞ്ഞാൽ അവർക്ക് ഒരു സന്തോഷം വരുന്നത് പോലെ മുമ്പ് തന്നെ അവർ അപ്പൊ അതിനോട് അഭിരുചിയുണ്ടായി അതിനോട് അഭിരുചിയുണ്ടായപ്പോ അത് കൂടുതൽ കേൾക്കണമെന്ന് ആഗ്രഹിച്ചു ഗുരുവിനെ സമീപിച്ചു കേട്ടു ഒരു കൃതാർത്ഥരായി പക്ഷെ അവിടെ എന്താണ് ഇന്നത്തെ സമീപ സമസ്ചിത യൂർജാതോ വിപരീത ഗൃഹ വികതോ ഭവിഷ്യത് പക്ഷെ അവന്റെ ആ വിപരീത ബുദ്ധി നശിച്ചിട്ടില്ല ദ്ദേഹാത്മബുദ്ധി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നസിക്കാതെ തന്നെ അവർ കൃതാർത്ഥരായി പോകുമ്പോ സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കും ഇനിയൊന്നും നേടാനില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ യഥോക്ത വിസ്മരണം എന്താണ് താൻ അവർക്ക് പറഞ്ഞു കൊടുത്തത് അത് സ്മരിച്ചു വിസ്മരിക്കും ശരിയായി മനനം ചെയ്യാതെ അത് മറന്നു പോവും വ്യത്യാസം ചെയ്യുക അതുകൊണ്ടെന്താണോ സ്വയം തന്നെ അവരുടെ മുമ്പിൽ പെടാതെ തത്വവും അവർക്ക് പ്രകാശിച്ചിട്ടില്ല അതുകൊണ്ട് താൻ തന്നെ വീണ്ടും പോകാൻ വരട്ടെ എന്ന് പറഞ്ഞ് പോയി തടഞ്ഞൊന്നുമില്ല സ്വയം അവരുടെ മുമ്പിൽ വരാതെ തന്നെ എന്നാണ് അവര് കേൾക്കാത്ത കീതി എന്തിനു തയ്യുഹോ ചിത്ത ദുഃഖം പരിചഹേഷുഹു ഇതെല്ലാം താത്കാലികമാണ് അവരുടെ ചിത്തദുഃഖം ഇതുകൊണ്ടൊന്നും അവസാനിക്കത്തില്ല ഒരു ശരിയായ തത്വബോധം ഗ്രഹിച്ചിട്ടില്ല അത് മനസ്സിലായി അവരുടെ അവരോട് ചോദിച്ചല്ലോ നിങ്ങളെന്താ മനസ്സിലാക്കിയത് ഒന്നും പറയാതിരുന്നപ്പോൾ ഞങ്ങൾ ഇന്നതാ മനസ്സിലാക്കി എന്ന് പറഞ്ഞു അതിൽ നിന്ന് പ്രജാപതിക്ക് മനസ്സിലായി ഇത് താത്കാലികമാണവരുടെ മനഃശാന്തി അവർ ദുഃഖം പരിഹരിക്കണം അതുകൊണ്ട് തൗദൂരം ഗച്ഛന്തു അന്വേഷ്യ രണ്ടുപേരും ഗുരുകുലത്തിൽ നിന്ന് ഇറങ്ങി നടക്കുന്നത് കണ്ടിട്ട് പ്രജാപതി ആത്മാഭാത്മ ഇത്യാദി വചനവർ ഏതൊക്കെ അനുയോഹോ വിശ്രവണ ഗോചരത്വം ഏഷ്യരീതി മത്തുവാച പ്രജാപതി വീണ്ടും പ്രജാപതി ഒരു പൊടിക്കൈ പ്രയോഗിച്ചു അവിടെ മുമ്പിൽ വരാതെ എന്നാൽ അവർ കേൾക്കത്തക്ക രീതിയിൽ മുമ്പ് പറഞ്ഞതുപോലെ മുമ്പ് എന്താണ് പ്രജാപതിയുടെ ഒരു പ്രസ്താവനയാണ് പ്രജാപതി എവിടെയോ പറഞ്ഞു എവിടെ നിന്നോ കേട്ടു ആ ഒരു പ്രസ്താവന ഇവരെ ഇതിലേക്ക് ആകർഷിച്ചത് രണ്ടു വരികയും ഈ ആത്മാഅഹത എന്ന് പറഞ്ഞു അതുപോലെ അവർ കേൾക്കത്തക്ക രീതിയിൽ അവരുടെ മുമ്പിൽ വരാതെ സ്വയം അപ്രത്യക്ഷനായി നിന്നുകൊണ്ട് അവർക്ക് പ്രത്യക്ഷമല്ലാത്ത ആ തത്വത്തെ ബോധിക്കണം ഈ താത്കാലികമായ മനഃശാന്തി പോലെ ആത്യന്തികമായി ദുഃഖം പുരുത്തി വരണം ഇതെല്ലാം മനസ്സിൽ കരുതി പ്രജാവതി മുമ്പ് പറഞ്ഞതുപോലെ അവർ കേൾക്കട്ടെ എന്ന് കരുതി ഒരാള് മുമ്പേ നടന്നു മുമ്പ് പുറകുന്ന ഒരാൾ വിളിച്ച് അതുപോലെ ശിഷ്യൻ ഗുരുകുലത്തിൽ നിന്ന് ഇറങ്ങി ഇണങ്ങിപ്പോയി ഗുരുവിനോട് അപ്പോൾ ഗുരു ദൂരമെന്ന് വിളിച്ച് പറയണം ഈ പോക്ക് ശരിയല്ല പോയാൽ ചിലപ്പോൾ നീ അനുഭവിക്കും സൂക്ഷിക്കണം ഇത് അപകടമാണ് കൊണ്ടാണ് ഈ പോക്ക് എന്നൊക്കെ പറയുന്ന തരത്തിൽ ദൂരം എന്നും ഉണ്ട് പോയിട്ട് അവർ ചിന്തിക്കട്ടെ എന്നുണ്ടെന്ന് കരുതി ശ്രവണ ഗോചരത്വമേശ്വരി അവർക്ക് ഇവരറിയട്ടെ ഇത് അവസാനിച്ചിട്ടല്ല എന്ന് കരുതി അതിന്റെയും താല്പര്യ ഇതാണ് അവരുടെ ദുഃഖം നിവൃത്തി ഉണ്ടാകണം എന്ന് കരുതി വിളിച്ചു പറഞ്ഞു നിന്നാണ് അനുബുലം അനുബുലഭേദോക്ത ലക്ഷണം ആത്മാനം അനനുവിദ്യ സ്വാത്മപ്രത്യക്ഷം അക്കറുത്വ വിപരീതം നിശ്ചവനോ ഏതോ വൃജതോ ഗച്ഛേദാം രണ്ടു പേര് ഗുരുകുലത്തിൽ വന്ന് തപസ്സൊക്കെ അനുഷ്ഠിച്ചിട്ട് കൃതാർത്ഥരായി പോവുകയാണ് നിങ്ങളെല്ലാരും മനസ്സിലാക്കണം നിങ്ങളാരും പോയി ഇവരെ ഗുരുക്കന്മാരായി സ്വീകരിച്ചു കളയരുത് അപകടമാണ് അനുപലബ്ധിയോ യഥോക്തലക്ഷണം ആത്മാനം എന്താ ഞാൻ പറഞ്ഞ ഈ ആത്മാഅ അബദ്ധ ആത്മാ എന്ന് പറഞ്ഞത് കേട്ടിട്ടാണ് അതാണ് യഥോക്തെന്നുള്ളത് അവരണ്ടുപേരും ആശ്രമത്തിൽ വന്നത് പക്ഷേ കാര്യം അവർക്ക് പിടികിട്ടിട്ടില്ല പിടികിട്ടുമ്പത്തന്നെ എല്ലാം ശരിയായെന്ന് പറഞ്ഞ് പോവുകയാണ് അനന്വിദ്യ സ്വർണ്ണ പ്രത്യക്ഷം ചാകൊടുക്കുക ആത്മാവിനെ അവരറിഞ്ഞിട്ടില്ല ഒന്നും അറിയാതെ അല്ല ഞാൻ പറഞ്ഞതിന് കുറച്ചുമാതിരി കാര്യങ്ങളൊക്കെ അവർക്ക് മനസ്സിലാക്കിയിട്ടുണ്ട് പക്ഷെ സ്വപ്നപ്രത്യക്ഷം ജാഗ്രത്വ എന്ന് പറഞ്ഞ സ്വപ്ന സംവേദ്യത അതിനെ പ്രത്യക്ഷമാക്കിയിട്ടില്ല അവര് സ്വയം അതറിഞ്ഞിട്ടില്ല പറഞ്ഞതിൽ നിന്ന് ഉള്ള പറയുന്നത് അപൂർണമാണ് പദവ് അവരുടെ അനുഭവത്തിൽ അത് വന്നിട്ടില്ല അവരെ അതൊന്നും പറഞ്ഞ് എന്താണ് അത് അനുഭവത്തിൽ വന്നാലെന്താ എങ്ങനെയറിയ അനുഭവത്തിൽ വന്നു ഈ വിപരീത നിശ്ചയം പിന്നെ അവിടെ കാണത്തില്ല അജ്ഞാന സംശയാദി ദോഷങ്ങൾ അവരിൽ നിന്നും മാറിയിട്ടില്ല അതൊന്നും മാറാതെ തന്നെ കൃതാർത്ഥത വന്നിരിക്കുകയാണ് വിപരീത നിശ്ചയവും ഇതോത്വം അതാണ് സമയം പ്രത്യക്ഷമാക്കിയില്ല എന്നുള്ളതിന് ഒരു വിപരീത നിശ്ചയത്തിലാണ് ഭ്രാന്തിയിലാണോ ഇന്ദ്രവിരോചനോ ഏതോ വിജതവും ഒക്കെ ചെയ്താൽ അങ്ങനെതാ രണ്ടുപേരും ആശ്രമത്തിൽ നിന്ന് പുറപ്പെട്ടിരിക്കുകയാണ് അതുകൊണ്ടവര് ഈ പോക്ക് ശരിയല്ല അതിൻ്റെ ഫലം എടുത്ത് പറയുന്നുണ്ട് എന്ത് പറ്റി എന്നുള്ളതായി ഇത് പറഞ്ഞു കൊടുത്തു സാറിന് പറയാറുണ്ടല്ലോ ആശ്രമം കിട്ടുന്ന വിവരത്തിന് എന്തെങ്കിലും കുഴപ്പം കാണിച്ചിട്ട് പോയപ്പോൾ എന്താ ഒരു കുഴപ്പക്കാരും ചാടിയിട്ടുണ്ട് ശ്രദ്ധിച്ചോളണം അപകടകാരിയാണ് എന്ന തരത്തിൽ ഗുർജ ദുഗേദാം രണ്ടുപേരോട് നിന്ന് പോവുകയാണ് കാര്യം പിടിയിട്ട് അത് പോവുകയാണ് അടുത്ത ആശ്രമക്കാരെല്ലാം സൂക്ഷിച്ചോണ്വൻ ചിലപ്പോൾ അവിടെയും വരും അതോ എത്രപനിഷ്യം വ്യാഗ്രഹീതനിഷ്ദേഷ വിജ്ഞാന ഭവിഷ്യന്തി അതുകൊണ്ട് ഇതുകൊണ്ടുള്ള അപകടം എന്താണ് ഗുരുകുരത്തിൽ വന്നു കുറച്ച് സേവ ചെയ്തു കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി പുറത്തിറങ്ങുന്നു അവൻ്റെ തന്നെ മനസ്സിൽ നിന്ന് നിശ്ചയം മാറിയിട്ടില്ല സംശയം മാറിയിട്ടില്ല നാജ്ഞനാണ് പക്ഷെ പുറത്തുപോയാൽ ഇവനും ഉണ്ടാവും അനുയായികൾ അതാ അപകടം അതോ ഇത്തിരി ദേവാ അസുരവാ പറയുന്നു ഇനി ഇവൻ പോകുന്നയാളുടെ അടുത്ത് ദേവന്മാരുടെ അടുത്ത് അസുരന്മാരുടെ അടുത്ത് അവരെ പോയി ബോധവൽക്കരിക്കും അതാ സംഭവിച്ചത് ഇതുവരെ അപകടം അതുകൊണ്ടാണ് എല്ലാ ആശ്രമങ്ങളിലും അറിയിപ്പ് കൊടുക്കുന്നത് സൂക്ഷിക്കണം ദേവാ അസുരവാ കിം വിശേഷിത ഏത് ഉപനിഷാഭ്യാഗ്രഹീത അതുകൊണ്ട് ജ്ഞാനികളായി പോവുകയാണ് ആഭ്യാമ്യാഗ്രഹീതാത്മവിദ്യ അവര് ഗ്രഹിച്ചിരിക്കുകയാണ് ചില കാര്യങ്ങൾ അത് ശരിയാണെന്ന് ധരിച്ചിരിക്കുന്നു സ്വയം തെറ്റായി ധരിക്കുന്നു മറ്റുള്ളവരെ ധരിപ്പിക്കുന്ന ആര് എന്ത് പറഞ്ഞാലും കേൾക്കാൻ ആൾക്കാർ ആർക്കും അനുയായികളാ കിട്ടും ഇതെല്ലാം എത്ര കറക്റ്റായി പറഞ്ഞിരിക്കുന്നു ഗൃഹീതാത്മവിദ്യാസയോ ഉപനിഷാം വേനിഷം വിജ്ഞാന ഭവിഷ്യന്തി അതുകൊണ്ട് ഈ വിദ്യയും കൊണ്ട് അവർ പോയി കഴിഞ്ഞാൽ ബാക്കിയുള്ളവരെല്ലാവരെയും ബോധവൽക്കരിക്കും ഏതൊരു നിശ്ചയാ ഭവിഷ്യന്തി എല്ലാവർക്കും ഈ അവസ്ഥ വരും അത് മാത്രമല്ലാത്തേക്കും പരാഭവിഷ്യന്തി ശ്രീയോ മാർഗാത് പരാഭൂത ബഹർഭൂത വിനഷ്ട സ്വയം ഭവിഷ്യന്തി ഇവർ സ്വയം നശിക്കും ബാക്കിയുള്ളവരെല്ലാവരെയും നശിപ്പിക്കും പരാഭവിഷ്യന്തി ശ്രേയോ മാർഗരാഭൂത ഭീർഭൂത വിനിഷ്ഠ ഭവിഷ്യന്തി കാരണം അവർക്ക് സ്വയം അറിയാം നമ്മൾ ഈ കാര്യങ്ങളൊന്നും ശരിക്കും ഗ്രഹിച്ചിട്ടില്ല വേണ്ട രീതിയിൽ ബോധിച്ചിട്ടില്ല എന്നാലും ബോധിച്ചു എന്ന് ധരിച്ച് മറ്റുള്ളവരെ ബോധിപ്പിക്കാൻ പോവുകയാണ് ഇത് അപകടമാണ് അതുകൊണ്ട് സ്വഗ്രഹം ഗച്ചതോർജയോർ യു അസുരരാജക വിരോചനെ സംബന്ധിച്ചിടത്തോളം ഇനി യാതൊരു സംശയവും വിശേഷിക്കുന്നില്ല പൂർണ്ണപ്രജ്ഞനായി അതിന്റേതായ ശാന്തഹൃദയത്വമുണ്ട് താൻ എന്താണോ ധരിച്ചിരിക്കുന്നത് പൂർണമായും ശരിയാണ് അങ്ങനെ ഇനി ഇതിനപ്പുറം ഒന്നുമില്ല ഇങ്ങനെയുള്ള അബദ്ധങ്ങൾ ആർക്ക് സംഭവിക്കാം എന്നുള്ള അവിടെയാണ് തപസ്സിൻ്റെയും വീണ്ടും പ്രജാപതി പറയും പോരാ അത് ഇനിയും തപസ് ചെയ്യുക വീണ്ടും ഞാൻ പറയുന്നത് നീ ശ്രദ്ധിക്കുക വീണ്ടും ശ്രവിക്കുക വീണ്ടും മനനം ചെയ്യുക വീണ്ടും സേവ ചെയ്യുക അതൊക്കെയാണ് ഇനി വീണ്ടും പറയുന്നത് പക്ഷെ അത് കേൾക്കാൻ നിൽക്കണ്ടേ ഇവിടെ സ്വഗ്രഹം കച്ചത് രണ്ടുപേരും പോവുകയാണ് അവരവരുടെ സ്ഥാനത്തേക്ക് അതിനാൽ അസുരരാജ് സഹശാന്തഹൃദയവ അസുരരാജാവ് പൂർണ്ണതൃപ്തനായി ശാന്തഹൃദയനായി എന്ന് ോ അസുരാഞ്ചാമോ അങ്ങനെ സ്വയം പൂർണനായി പണ്ഡിതമ്മഞ്ഞിനായി അസുരന്മാരെ പ്രാപിച്ചു ഇവിടെ എന്താണ് വിരോചനെ പറ്റിയിരിക്കുന്നത് ആർക്കെങ്കിലും എപ്പോഴെങ്കിലും താൻ അറിയേണ്ടതെല്ലാം അറിഞ്ഞു കഴിഞ്ഞു എന്ന് തോന്നിയാൽ അവിടെ തയ്യാറു മനസ്സിലാക്കേണ്ടതെല്ലാം മനസ്സിലാക്കിയിരിക്കുന്നു ഇനിയൊന്നും അറിയാൻ ശേഷിക്കുന്നില്ല അങ്ങനെ ഒരു തോന്നൽ അത് വന്നു കഴിഞ്ഞു അത് സംശയങ്ങളെല്ലാം ശേഷിക്കെ അവിടെ താരവാചത്തെ ശരീരാത്മബുദ്ധനിഷനിഷം എന്നിട്ടവിടെ ചെന്നവരെല്ലാം വർക്കറിന് ആത്മവിദ്യ പകർന്നു കൊടുക്കാൻ തുടങ്ങി ഏതാത്മവിദ്യ ഉപനിഷത്ത് നിശ്രുതി എന്ന് പറയുന്നു ഏവിരോചനോ അസുരാഞ്ജകാമ തേഹ്യോ ഉപനിഷത്തം പ്രോവാചാ അവരെല്ലാം ഉപനിഷത്ത് പഠിപ്പിക്കാൻ തുടങ്ങി അദ്വൈതം പഠിപ്പിക്കാൻ തുടങ്ങി വേദാന്തം പഠിപ്പിക്കാൻ തുടങ്ങി പഠിപ്പിക്കാനുള്ള അവകാശമുണ്ടെന്ന് പറഞ്ഞ് കുറച്ചു കാലം ഗുരുകുലത്ത് താമസിച്ച് സേവയൊക്കെ ചെയ്തു ഇനി ആരെയും എന്തും പഠിപ്പിക്കാം എന്നുള്ളൊരു ധൈര്യമുണ്ട് ഈ ഉപനിഷത്തം ഈ ഔപനിഷത്തം പ്രോവാചുക്തമാണ് ഇതിനെ ഉപദേശിച്ചത് ഈ വിരോചനന്റെ നിലയിലാണ് ഇന്നത്തെ ഈ പ്രചാരകന്മാരോട്ട് മുക്കാൽ പേരും എല്ലാം കൃതകൃത്യരായി എന്ന് സ്വയം ധരിച്ചിട്ട് അതിൻ്റെ അഭിമാനത്തോടുകൂടി അഹങ്കാരത്തോടുകൂടിയും മറ്റുള്ളവരെ ബോധിപ്പിക്കുന്നു സ്വയം അറിയാത്ത കാര്യങ്ങൾ മറ്റുള്ളവരെ അറിയിക്കുന്നു അവർക്കൊരുതരം ആത്മവിശ്വാസമുണ്ട് ഞങ്ങളെല്ലാം മനസ്സിലാക്കിയിരിക്കുന്നു സ്വന്താജ്ഞതയെ തിരിച്ചറിയാത്തോണ്ട് വരുന്ന ആത്മവിശ്വാസം അത് തന്നിവിടെ പറഞ്ഞത് ഗത്വാതരീഭ്യ ഉപനിഷത്ത് തന്നെ അവരെയും ബോധിപ്പിച്ച ഒന്നാണ് അവർ പറയും ഞാൻ ഗുരുവിൽ നിന്ന് ഗ്രഹിച്ചാണ് എന്റെ ഗുരു ബോധിപ്പിച്ചതാണ് എന്റെ എണ്ണം പറഞ്ഞു കഴിഞ്ഞാൽ പറയുന്നത് അതെന്തു ഉപനിഷത്താണ് ശരീരാത്മബുദ്ധിയാണ് അവർ ഗ്രഹിച്ചതാണ് ശരീരാത്മബുദ്ധിയാണ് യുക്ത ദേഹം മാത്രമേ ആത്മാ പിത്രോക്തി എന്താണ് പറഞ്ഞത് പ്രജാപതി ഉപദേശിച്ചത് ഇതാണ് ഈ ദേഹം തന്നെയാണ് ആത്മാവ് എന്താണ് ചാർവാകന്മാരുടെ തുടക്കം ഇവിടെ നിന്ന് ചാർവാകന്മാരുടെയും ഗുരു പ്രജാപതി തന്നെയാണ് ചാർവാകന്മാരുടെ ഗുരുവിനെ കുറിച്ചും പറയുന്നത് ജ്ഞാനീന്നാണ് പക്ഷെ ധരിച്ചത് ശരീരമാണ് ആത്മാവെന്ന് എന്തുകൊണ്ട് ഞാനിയാണ് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അത് കേൾക്കുന്നവനുള്ള യോഗ്യതയില്ലെങ്കിൽ പറയാൻ ഞാൻ ഈ പരമ്പരയിൽ നിന്ന് ഗ്രഹിച്ചയാളാണ് പാരമ്പര്യ അഭിമാനം ശങ്കരാചാര്യരുടെ പരമ്പരയിൽ നിന്ന് നേരിട്ട് വിദ്യ ഗ്രഹിച്ചവനാണ് ഇങ്ങനെ പറയും അവിടെ നിന്ന് ദീക്ഷ സ്വീകരിച്ചയാളാണ് ഗ്രഹിച്ച ആളാണ് കേവല മിഥ്യ അഭിമാനം അതുകൊണ്ടൊന്നും കാര്യമില്ല കാരണം ഇവിടെ പ്രജാപതിയിൽ നിന്ന് നേരിട്ട് ഗ്രഹിച്ച ആളാണ് ഇവിടെ പറയുന്ന വിരോധം എന്നിട്ട് എന്താ ഗ്രഹിച്ചത് ശരീരമാണ് ഇവിടെ നിന്ന് ഗ്രഹിച്ചു ആരും ഗ്രഹിച്ചു അത് മുഖ്യം തന്നെ പക്ഷേ അതിനേക്കാൾ പ്രാധാന്യമുള്ള കാര്യമാണ് ആരാണ് ഗ്രഹിച്ചത് അവന്റെ യോഗ്യത എന്താണ് അതുകൊണ്ട് പ്രജാപതിയാണ് അസുരം പക്ഷെ പ്രജാപതി ഉപദേശിച്ചെല്ലാം അസുരന്മാരും ഗ്രഹിച്ചത് വിരോചനിലൂടെ വിരോചനം ഗ്രഹിച്ചത് പ്രജാപതിൽ നിന്ന് അസുരന്മാരും തസ്മത് ആത്മീവീയ തഥാ പരിചജീഹ പരിചരണീയ അതുകൊണ്ട് എന്താണ് പറഞ്ഞത് ഈ ശരീരത്തെ സംരക്ഷിക്കണം ഇതിനെ പൂജിക്കണം ഇതാണ് ആത്മാവ് ഇതിനെ ിക്കണം സന്തോഷിപ്പിക്കണം ഇതിനു വേണ്ടി വേണ്ടതെല്ലാം ചെയ്യണം തഥാത്മാനമേമയ ലോകദേഹം മഹേന്ദരിചരണോകൂ അപ്നോതി അതുകൊണ്ട് ഈ ശരീരത്തെ നല്ലവണ്ണം പോഷിപ്പിച്ചു കഴിഞ്ഞാൽ ഈ ശരീരത്തിന് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കഴിഞ്ഞാൽ ഈ ലോകവും നേടാൻ പറ്റും പരലോകവും നേടാൻ പറ്റും നല്ല ഈ ശരീരം ആവശ്യമാണ് ശരീരമാദ്യം ഖലുധർമ്മസാധനം എന്നൊക്കെ പറയാറില്ലേ അതുപോലെ ര സർവേ ലോക കാ ഈ ലോകത്തിലായാലും ശരി പരലോകത്തിലായാലും ശരി സർവ്വകാമങ്ങളും ഇവിടെയൊക്കെയാണ് അല്ലേ ചെറു പറയല്ലേ ഉടലോടെ സ്വർഗ്ഗത്ത് പോവുക ഉടലിനോട് അത്രയും പ്രിയമാണ് സ്വർഗത്ത് പോയാലും ഇത് വേണം എന്ന് കരുതുക അത് തന്നെ ഇവിടെയും പറയുന്നത് ഈ ഉടലോട്ട് ഉടലോടെ സ്വർഗത്ത് പോകുന്നവരാണ് ഈ വിരോചനന്റെ അനുയായി ഉടലത്രയും ശ്രേഷ്ഠമായ കാര്യമാണ് അവിടെ ചെന്നാൽ ഇതിൻ്റെ ഉപയോഗം വരും അദ്ദേഹാത്മബുദ്ധി അതുകൊണ്ടല്ലേ അങ്ങനെ പക്ഷെ അതൊക്കെ വലിയ കാര്യമാണെന്ന് വിചാരിച്ചു പറയുന്നു ഈ ശരീരം ഇവിടുത്തെ ഭോങ്ങൾ അനുഭവിക്കുന്നതിനും അവിടുത്തെ ഭോവങ്ങൾ അനുഭവിക്കുന്നതിനും ഇതാവശ്യമാണ് അതുകൊണ്ട് ഈ ശരീരത്തെ സൂക്ഷിക്കണം ശരീരമാണ് ആത്മാവ് എങ്ങനെ അവരെ ഉപദേശിച്ചു അങ്ങനെ ഒരു സർവാഗവർഗമുണ്ടായി അസുരവർഗം ഉണ്ടായി അതവിടെ തീർന്നില്ല ആ പരമ്പര ഇന്നുമുണ്ട് എന്നാണ് അടുത്ത് പറയുന്നത് അദ്ദേഹം യജമാനം അസുരൂപതീ അസുരാണി ഉപനിഷരം ഭിക്ഷയ വസനാരണേതിക അമു ലോകം ജേഷ്യന് മഞ്ഞത്തെ തസ്മ്രദായ അദ്ധ്യപ്യവർത്ത ലോക ഈ സമ്പ്രദായം ആൻ്റെ സമ്പ്രദായം പ്രജാപതിയുടെ സമ്പ്രദായം അത് എങ്ങനെയുള്ള സമ്പ്രദായം ആസുര സമ്പ്രദായം അതും നിന്നാണ് അല്ല നമ്മുടെ ഏത് വിദ്യകളെക്കുറിച്ച് പറഞ്ഞാലും ശരി പറയും ശിവൻ പാർവതിക്ക് ഉപദേശിച്ചു അല്ലെങ്കിൽ ബ്രഹ്മ ഉപദേശിച്ചു അപ്പം എല്ലാത്തിനും ഗുരു പരമഗുരു തന്നെ പക്ഷെ വിദ്യകൾ പലതരത്തിൽ സദ്വിദ്യ അസദ്വിദ്യ എല്ലാം ഉണ്ട് അതുപോലെ ഈ വിദ്യയും ഈ ചാർവാക വിദ്യയും തസമ്പ്രദായവും അധ്യാപ്യ അനുവർത്തത ഇന്നും ഉണ്ട് എന്നർത്ഥം ഏത് കാലത്തുമുണ്ട് നടത്താം അധ്യാപ്യ എന്ന് വെച്ചാൽ ഉപനിഷത്ത് കാലം എന്നുള്ളതല്ല പൂർവ്വ കൽപ്പങ്ങളിൽ എങ്ങനെയാണോ അത് നടന്ന അതുപോലെ ഈ കൽപ്പങ്ങളിലും നടക്കുന്നു ദാനം ദാനം അക്കുർബാണം അവിഭാഗശീലം അശ്രദ്ധദാനം സത്കാര്യേഷ ശ്രദ്ധാരഹിതം യഥാശക്തി അതുകൊണ്ട് ദാനം ചെയ്യാത്തവൻ എന്തുകൊണ്ടാ ദാനം ചെയ്യാത്തത് ശരീരാത്മബോധം മമത അതുകൊണ്ടെല്ലാം തനിക്ക് വേണ്ടി എന്ന് കരുതുന്നു എല്ലാം തനിക്ക് വേണ്ടി സംഭരിക്കുന്നവനും മറ്റുള്ളവർക്ക് കൊടുക്കാൻ തോന്നത്തില്ല അതാണ് അസുരബുദ്ധി എന്ന് പറയുന്നത് അദ്ദേഹം മറ്റുള്ളവർക്കൊന്നും ഇല്ല എല്ലാം തനിക്ക് വരട്ടെ എന്ന് കരുതുന്നു ദേഹാത്മബുദ്ധിയാണ് അതിന് കാരണം അല്ലെങ്കിൽ അവർക്ക് സർവാത്മഭാവമില്ല സർവാത്മഭാവം ഉണ്ടെങ്കിൽ മറ്റുള്ളവർക്കും തനിക്കുള്ളത് മറ്റുള്ളവർക്കും കൊടുക്കണമെന്നു അതുമില്ല ആത്മബോധമില്ലാന്ന ദാനമാക്കൊരു വേണം ആ വിഭാഗശീലം മറ്റുള്ളവർക്ക് നൽകുക എന്നുള്ളതില്ല എല്ലാം തനിക്ക് വേണ്ടി സ്വരക്കൂട്ടുക അതില്ല വാതു ഇതിന്റെ ഒരു ജ്ഞാനത്തിൻ്റെ അടയാളമാണ് വിഭാഗശീലം തൻ്റെ മറ്റുള്ളവർക്ക് കൊടുക്കുക തനിക്ക് വേണ്ടി മാത്രമെല്ലാം സഞ്ചയിക്കാതിരിക്കുക അശ്രദ്ധാനം സത്കാര്യേഷി ശ്രദ്ധാരഹിതം സത്കർമ്മങ്ങളിലൊന്നും ശ്രദ്ധയില്ലാതിരിക്കുക നന്മയിൽ ശ്രദ്ധയില്ലാതിരിക്കുക പുണ്യത്തിൽ ശ്രദ്ധയില്ലാതിരിക്കുക യഥാശക്തി അയജമാനം അജനസ്വഭാവം യാഗം യജനം ചെയ്യാത്തവർ അതിനെല്ലാം എതിരായിരിക്കുന്നവർ ഈശ്വര പൂജാവിധികളിൽ താല്പര്യമില്ലാത്തവർ നിർത്ഥം അസുര അവരാണ് അസുരന്മാരെന്ന് പറയുന്നത് അസുരമെന്ന് പറയുന്നത് പ്രത്യേകിച്ചൊരു വർഗമൊന്നുമില്ല മനുഷ്യരുടെ ഇടയിലെല്ലാം ഉണ്ട് അസുരന്മാരും ദേവന്മാരും കല്ലുകയും വിദൈവം സ്വഭാവവും അതുകൊണ്ട് വളരെ പരിതാപത്തോടുകൂടി സത്തുക്കൾ പറയുകയാണ് ഇങ്ങനെയൊരു വിഭാഗം ഉണ്ടാകല്ലോ അസുരന്മാർ ഖിദ്യമാണ് വളരെ വേദനയോടുകൂടി പറയുകയാണ് ശിഷ്ടന്മാർ അസുരനാ ഹി അസ്മദ ശ്രദ്ധാനി ലക്ഷണഹി ലക്ഷണ ഏഷോ അതുകൊണ്ട് പക്ഷെ അവർക്കുണ്ട് ബ്രഹ്മജ്ഞാനം ആത്മവിദ്യ അവരും ഗുരുക്കന്മാരാണ് അവരും മറ്റുള്ളവരെ तया संस्कृता शरीरम േണ അലങ്കാരേ ധാഗാതികണപസംസ്കാരേണ പ്രേത്യതിപത്തോകംേഷ്യന്തോ മഞ്ഞ അവരെന്താ ചെയ്യുന്നത് അസുരന്മാർ അവരെ സംബന്ധിച്ച് ശരീരമാണ് വലുത് ദേഹാത്മബുദ്ധിയിലാണ് അവർ നിൽക്കുന്നത് അതുകൊണ്ട് ഒരടയാളം പറയണം അവരുടെ അസുരന്മാരെ കണ്ടെങ്ങനെ തിരിച്ചറി അതിനുവേണ്ടി പറയുന്നു ധ്യ ഉപനിഷത്താ അവരുടെ ഈ അവരുടെ ഉപനിഷത്ത് അനുസരിച്ചല്ലേ അവർ പ്രവർത്തിക്കുന്നു അവരുടെ ബോധമനുസരിച്ചല്ലേ അവർക്ക് പ്രവർത്തിക്കാൻ പറ്റും എല്ലാവരും അവരവരുടെ ബോധമനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത് ആസുര ബോധത്തിന്റെ ഒരടയാളം പറയുന്നു സംസ്കൃത ഉപനിഷ സംസ്കൃതാസന്ധ അവരും സംസ്കരിക്കപ്പെട്ടവരാണ് അവരിന് സംഭവിച്ചിരിക്കുന്ന ഒരു സംസ്കാരം അവർക്കുകൊണ്ടൊരു വിവേകം എന്താണ് ആ വിവേകം ഒരടയാളം പറയുന്നു പ്രേതസ്യ ശരീരം ഗുണവും ഭിക്ഷയാണ് ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അവരുടെ കൂട്ടത്തിൽ മരിച്ചു കഴിഞ്ഞാൽ അവരാണ് മൃതശരീരത്തെ അതിനെന്തു കൊടുക്കും അന്നം കൊടുക്കും മൃതശരീരത്തിന് അസുരന്മാരുടെ ലക്ഷണം നമ്മുടെ നാട്ടിൽ കാണാറുണ്ട് അപ്പോഴതി എന്താ കൊണ്ടുണ്ടായിരുന്നു ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അവരുടെ ബാക്കിയാകത്ത് അരി കൊണ്ടുവന്നിടും അസുരന്മാരാണ് അതുകൊണ്ടാണ് പണ്ട് വിദേശത്തുള്ളവരെയൊക്കെ അസുരന്മാരെന്ന് പറഞ്ഞിരുന്നത് മരിച്ചവന്റെ വായിൽ അരി കൊണ്ടിടുക എന്ന് പറഞ്ഞാൽ അവൻ്റെ സങ്കല്പം എന്താണ് മരിച്ചു കഴിഞ്ഞാലും അവനത് തിന്നുകൊണ്ടിരിക്കണം ശരീരം ബോധമില്ലാതെ ഇത് ചെയ്യാൻ പറ്റും അത് തന്നെ ശരീരം ഭിക്ഷയാ വൈക്കരി ഇടുക എന്ന് പറയും ഭിക്ഷ കൊടുക്കുക മരിച്ചവൻ അന്നം കൊടുക്കുക എന്ന് പറയും അപ്പോൾ ഇനിയുമുണ്ട് ഇത് അസുരന്മാർ ഇവിടെ മാത്രമല്ല വടക്കേന്ത്യയിലും ഉണ്ട് ദക്ഷിണേന്ത്യ മാത്രമല്ല അവർ പറയും ഇവിടെ ഉള്ളവരാണ് അസുരന്മാരെന്ന് വടക്കേന്ത്യയിലുള്ള അസുരന്മാരെ കുറിച്ച് പറഞ്ഞ് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഒരുപക്ഷെ ഞെട്ടിപ്പോ ഈ പറയുന്നതനുസരിച്ചുള്ള അസുരന്മാർ ഞാൻ അവരെ അസുരന്മാരെന്ന് വിളിക്കുകയാണ് ഭാഷകാലം പറയുന്നതനുസരിച്ച് പ്രേതസ്യ ശരീരം ഗുണകം ഭിക്ഷയാണ് മൃതശരീരത്തിന് അന്നം കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവരവസുരന്മാർ തന്നെ എന്ന് പറയേണ്ടി വരും മരിച്ചു കഴിഞ്ഞാൽ എല്ലാ സമ്പ്രദായത്തിലും ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല ശങ്കരപരമ്പരയിലെ സന്യാസിമാരും മരിച്ചു കഴിഞ്ഞാൽ ദശനാമി സന്യാസിമാർ അവര് മരിച്ചു കഴിഞ്ഞാൽ വളരെ വിചിത്രമായൊരു കാര്യം ചെയ്യും ഒരു തുണി എടുത്തിട്ട് അതിൻ്റെ നാലും മൂലയും കൂട്ടിക്കെട്ടി ഒരു സഞ്ചുപോലെ തോൾ തോളിലുണ്ട് അവിടെ മൃതശരീരത്തിന്റെയാണ് മരിച്ചു കഴിഞ്ഞ ശരീരത്തിന് കല്ലുകെട്ടി ഗംഗയിൽ താഴ്ത്തുന്നാണവിടുത്തെ ആചാരം ലയിപ്പിക്കാറില്ല കുഴിച്ചിടാറുണ്ട് ഇവിടുത്തെ പോലെ കുഴിച്ചിടാറില്ല ഗംഗയിൽ താഴ്ത്തും കരണ്ട് കെട്ടിയത് അവിടുത്തെ ആചാരമാണ് പക്ഷെ അങ്ങനെ ഗംഗയിൽ താഴ്ത്തം കൊണ്ടുപോകുന്ന മുമ്പേ ആളിനെ കുളിപ്പിച്ച് ഇവിടെ പറഞ്ഞതുപോലെ ഗന്ധമാല്യ അന്നാദി ദക്ഷിണയ വസന വസ്ത്രാദിന ഗന്ധം സുഗന്ധങ്ങളൊക്കെ പുരട്ടി മാലയൊക്കെ ധരിപ്പിച്ചു അത് ആ സ്വാമിയുടെ പൊസിഷനുസരിച്ച് സാദാസ്വാമിയാണെങ്കിൽ സാധാ വസ്ത്രമായിരിക്കും വലിയ സ്വാമിയാണെങ്കിൽ പട്ടുവസ്ത്രങ്ങളായിരിക്കും നല്ല ഡ്രസ്സൊക്കെ കിട്ടും അപ്പോൾ നല്ല ചന്ദനത്തിരിയൊക്കെ വെച്ച് ബോധിക്കും വില കൂടി ചന്ദനത്തിരി വലിയ സ്വാമിക്ക് ചെറിയ സ്വാമിക്ക് കുറഞ്ഞ ചന്ദനത്തിരി ഇത്തരത്തിലെല്ലാ മേക്കപ്പും ചെയ്ത് കല്ലൊക്കെ കെട്ടി അവിടെ കൊണ്ടിരുത്തിയിട്ടാണ് അവസാനത്തെ പരിപാടിയും ഞാൻ നേരെ പറഞ്ഞ ഒരു തുണിയെടുക്കും ഒരു മുണ്ടെടുത്ത് അതിൻ്റെ നാലിലൊരു ഭാഗം മുറിച്ച് ചതുരത്തിന് മുറിച്ച് കൂട്ടിക്കെട്ടി ഞാനും ഈ പണി ചെയ്തിട്ടുണ്ടോ എന്താ പറയുന്നത് കൂട്ടിക്കെട്ടിട്ട് എന്താ ചെയ്യുന്നത് ഇതിൻ്റെ അകത്ത് കുറച്ച് ചപ്പാത്തി ചൂടോടുകൂടി വയ്ക്കും കുറച്ച് കറിയും പൊതിഞ്ഞും വയ്ക്കും എന്നിട്ട് ഈ മൃതശരീരത്തിന്റെ തോളിലോട്ട് ഇടും കൈയ്യൊക്കെ ഉയർത്തി തോളിലിടും ഒരു സഞ്ചി നമ്മൾ സാധാരണ സഞ്ചി തോളിയിട്ടുണ്ടെടുക്കുമ്പോൾ ഇതിൻ്റെ അകത്ത് ഇത് അന്നമാണ് ഇതിലും വ്യത്യാസം ഉണ്ട് സാദാസാമിയാണെങ്കിൽ തണുത്ത ചപ്പാത്തിയായിരിക്കും വലിയ സമയമാണെങ്കിൽ നല്ല ചൂടോടെയുള്ള ചപ്പാത്തിയായിരിക്കും മെയിൻ മണ്ഡലേശ്വരൻ മഹാമണ്ഡലേശ്വരൻ അങ്ങനെയൊക്കെ ഉള്ളവരാണ് നെയ്യൊക്കെ ചേർത്ത ചപ്പാത്തിയായിരിക്കും മറ്റത് ഒന്നുമില്ലാത്ത സുക്കാറൊട്ടി എന്ന് പറയും ഇത്തിരി വ്യത്യാസമുണ്ടാവും പക്ഷെ ഇത് തോളിൽ ഇങ്ങനെ ഇടും ഇത് ചെയ്യുന്നത് ഞാൻ ചോദിച്ചിട്ടുണ്ട് പലരിടത്തും ഇതെന്തിനാണ് ചെയ്യുന്നത് മരിച്ച സമാധിയായ മരിച്ചല്ല സ്വാമിമാരമ്മ സമാധിയായ സ്വാമിയിലെ തോളിൽ ചപ്പാത്തി ഭാണ്ഡം കെട്ടി എന്നിട്ട് ഇതോടെ എടുത്തുകൊണ്ടുവന്ന് കല്ലുകെട്ടി ഗംഗയിലിടുകയാണ് ഈ പറഞ്ഞതുപോലെ അതാണ് ഗുഡഭാഷികാലം പറയുന്നത് ഭിക്ഷയ മരിക്കുന്നവരെ സംബന്ധിച്ചത് ഭിക്ഷയാണ് ആദ്യം ഇത് കണ്ടപ്പോൾ ജീവിച്ചിരിക്കുന്ന പ്രധാന സാമ്യെടുത്ത് ഞാൻ ദുശ്യന്തിനായി ചപ്പാത്തിയുടെ ഭാണ്ടം കിട്ടി കൊടുത്തുവിടുന്നത് വഴിയിൽ കഴിക്കാനങ്ങനെ ഏത് വഴി എങ്ങനെ കഴിക്കും എന്ന് ചോദിക്കാൻ പറ്റുമോ മരിച്ചു കഴിഞ്ഞ ആളുടെ അടുത്ത് ഏത് വഴിയിൽ എങ്ങനെയാണ് കഴിക്കുന്നത് ഈ ചപ്പാത്തി സാധാരണ ദൂരെ യാത്രയ്ക്ക് പോകുമ്പോൾ പഴയകാലത്ത് സന്യാസിമാരൊക്കെ സാധാരണ ഭക്ഷണം കൊണ്ടുപോകാറില്ല പക്ഷേ വിജനമായ സ്ഥലത്ത് യാത്ര ചെയ്യേണ്ടി വന്നാൽ ഒരുപക്ഷെ കൊണ്ടുപോയിരിക്കാം അതുപോലെ ആയിരിക്കാം ഇതിൽ ചെയ്യുന്നത് ഇതുമായിട്ടാണ് ആള് ഗംഗയിലേക്കൊന്ന് താഴ്ന്നു പോകുന്നത് ബീചപ്പാത്തി ഭാണ് അപ്പോൾ അങ്ങനെ ചെയ്യുന്നവരെ കുറിച്ച് ഭാഷ്യകാരൻ ഇവിടെ എന്താ പറയുന്നത് അതാണ് നോക്കേണ്ടത്യാപനിഷ സംസ്കൃത സന്ത പ്രേതസി ശരീരം ഗുണവം ഭിക്ഷയ അമരിച്ച ശരീരത്തിൽ അവർ ഭിക്ഷ കൊടുക്കുന്നു ഗന്ധം മാലി അന്നാദി ലക്ഷണയ ഗന്ധം മാലിന്യം അന്നം ഇതെല്ലാം അമൃത ശരീരത്തിൽ വയ്ക്കുന്നു വസനേന വസ്ത്രാധന അച്ഛാദനാദിപ്രകാരമുണ്ട് വസ്ത്രം കൊണ്ട് നല്ലവണ്ണം പൊതിഞ്ഞ് അലങ്കരിച്ച് ധജപതാകാതിക്കരണേന അതുകൊണ്ട് ഗംഗയിലേക്ക് കൊണ്ടുപോകുമ്പം കൊടി പിടിച്ച് ആൾക്കാർ മുമ്പിലും പിന്നിലും നടക്കും വാദ്യഘോഷങ്ങളെല്ലാം മുഴക്കും ഇതെല്ലാം ചെയ്യാറുണ്ട് ഇത്യവം സംസ്കൃപന്തി ഇങ്ങനെ മരിച്ച ദേഹത്തെ സംസ്കരിക്കുന്നവരാണ് അസുരന്മാർ അപ്പോൾ ആരാണ് അസുരന്മാരെന്ന് ഇനി ഞാൻ പറയേണ്ട കാര്യമില്ല ഏതേന കുണപ്പ സംസ്കാരം പറയുന്നു മൃതശരീരത്തെ ഇങ്ങനെ സംസ്കരിക്കുന്നവർ അമ്മും പ്രേത്യ പ്രതിബദ്ധ്യൻ ലോകം ജേഷ്യന്തോ അന്യന്തി അവര് കരുതുന്ന എന്താണോ അപ്പൊ എങ്ങനെ ഈ സമ്പ്രദായത്തിൽ അസുരന്മാർക്ക് പറഞ്ഞ് ആചാരം വന്നു എന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടില്ല ബാക്കിയെല്ലാം ശരി മരിച്ചവര് വസ്ത്രം കൊണ്ട് പൊതിയുന്നൊക്കെ നമുക്ക് ദോഷം പറയാൻ പക്ഷെ ഇവിടെ ഭാഷിക്കാരൻ പറഞ്ഞപോലെ ഭിക്ഷ കൂടെ കൊടുത്ത് വിടുക അത് ഏതടിസ്ഥാനത്തിലാണെന്നുള്ളത് മനസ്സിലായിട്ടില്ല പക്ഷെ ആ കൂട്ടത്തിലായിരുന്നു ഇപ്പം ഞാനും ചെയ്തിട്ടുണ്ട് കുറേയൊക്കെ പ്രതിബദ്ധവ്യം ലോകം ജേഷ്യന്തു പക്ഷേ ഇവർ കരുതുന്ന അസുരന്മാർ കരുതുന്ന എന്താണോ ഇങ്ങനെയൊക്കെ നല്ല തയ്യാറെടുപ്പോടുകൂടി പോയി വേണം മരണശേഷമാണ് ലോകത്തെ പ്രാപിക്കേണ്ടത് അപ്പോൾ യാത്രയ്ക്ക് ഉള്ള തയ്യാറെടുപ്പുകളാണ് നമ്മൾ ദൂരെ എവിടെയെങ്കിലും പോകുമ്പോൾ വസ്ത്രമൊക്കെ ആവശ്യത്തിനടുത്ത് ഭക്ഷണമൊക്കെ കരുതി യാത്ര പോകുന്നതുപോലെ ഈ അസുരന്മാരും ഈ തയ്യാറെടുപ്പോടു കൂടി യാത്ര ചെയ്യുകയാണ് ഇതാണ് അസുരൻ്റെ ലക്ഷണം പ്രതിബദ്ധമ്യൂ ലോകം ജഷ്യന്തോ മന്യന്തി അങ്ങനെ ആ ലോകങ്ങളെയൊക്കെ നേടാം എന്നിവർ കരുതുന്നു എന്നുവെച്ചാൽ എൻ്റെ താല്പര്യം പലരും പലപ്പോഴും അർത്ഥമറിയാതെ ഓരോ ആചാരങ്ങൾ സമ്പ്രദായം എന്നുള്ള പേരിൽ പിന്തുടരുന്നുണ്ട് എന്തിനത് ചെയ്യുന്നു ചിന്തിക്കാറില്ല എന്തു പറയുക അത് പണ്ടുള്ളവർ ചെയ്യുന്നു അതുകൊണ്ട് എനിക്കൊരു പ്രതിബദ്ധതയുണ്ട് അത് ഞാനും ചെയ്യുന്നു എന്തിനു അത് ചിന്തിക്കാറില്ല അതിൽ കൂട്ടത്തിൽപ്പെടുന്നതാണ് ഇതും അപ്പോൾ അസുരന്മാർ ചെയ്തിരുന്ന ചില കാര്യങ്ങൾ അങ്ങനെ അല്ലാത്തവരുടെ വന്നു ചേർന്നു എങ്ങനെയോ അവരും അത് ചെയ്യുന്നു കാര്യമറിയാതെ അതാണ് സന്യാസിമാർക്ക് ഭിക്ഷ കൊടുത്തു വിടുന്നത് ഇത് അസുരന്മാരുടെ പണിയാണ് പക്ഷേ എങ്ങനെയൊക്കെ അത് എത്തിച്ചേരുന്നു എന്നുള്ളതേയുള്ളൂ അല്ലാതെ മൃതശരീരത്തിൽ വായിൽ അരികൊണ്ടിടുന്നതോ അല്ലെങ്കിൽ ഭക്ഷണം വയ്ക്കുന്നതിന് ഒന്ന് യാതൊരു തരത്തിലുള്ള അത് പഴയ പ്രാകൃതരായ മനുഷ്യർ കൊണ്ട് ചെയ്തിരുന്നാണ് അതുപോലെയുള്ളു മറ്റ് പല രാജ്യങ്ങളിലും ഇവിടുത്തെ ശരീരം വെച്ചിട്ട് അതിൻ്റെ അകത്ത് പണവും എല്ലാം വയ്ക്കുന്നതുപോലെയുള്ളു അതുപോലെ തന്നെ ഈ ടത്ത് സ്വാമിമാര് സമാധി കുഴിച്ച് സമാധി ഇരുത്തുന്നിടത്ത് ചിലയിടത്ത് ഇതുപോലെ സ്വർണവും വള്ളിയൊക്കെ അതിൻ്റെ അകത്ത് വയ്ക്കും അതും വയ്ക്കാറുണ്ട് കാരണം ഇവിടെ ജീവിച്ചിരുന്നപ്പോൾ അവർ വലിയ പ്രതാപത്തോടു കൂടിയായിരുന്നു നമ്മുടെ ആധിപതിമാരൊക്കെ ആയിരുന്നു അപ്പം ധാരാളം സ്വർണവും വള്ളിയൊക്കെ അവര് കൈകാര്യം ചെയ്തിരുന്നു മരിച്ചപ്പോഴും അവിടെ ഇരുന്നോട്ടെ അതിൻ്റെ ഒരു ഭാഗം അന്ന് തന്നെ അങ്ങനെ വെച്ച് കഴിഞ്ഞ് അപകടവും പറ്റിയിട്ടുണ്ട് കുറച്ച് കഴിയുമ്പോൾ കള്ളന്മാരിയെന്ന് തുരന്ന് ഇതെടുത്തുകൊണ്ട് പോയിട്ടുണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് ഭാഷകാരം പറയുന്നത് അസുരന്മാരുടെ പരിപാടിയാണ് എന്തു കാര്യം ചെയ്യുന്നവരെന്ന് നിങ്ങൾ അസുരന്മാരൊന്നും പറയരുത് അപ്പോ ഇതായി ഒരാളുടെ കഥ അവിടെ അവസാനിപ്പിക്കുകയാണ് അതോടുകൂടി തീർന്നു വിരോചനൻ വിരോചനൻ പോയി തന്റെ ശിഷ്യന്മാർക്കെല്ലാം ഉപനിഷത്ത് ഉപദേശിച്ചു ശരീരമാണ് ആത്മാവ് പിന്നെ അവരുടെ രീതികളല്ല അതിനനുസരിച്ചായി അസുരന്മാരെല്ലാം ഇന്നും അതിനെ പിന്തുടരുന്നു മരണം വരെ അത് പിന്തുടരുന്നു എന്നുള്ളതിനാണ് മരിച്ചു കഴിഞ്ഞാലും സംഭവിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞത് അതും അവർക്ക് ഉപദേശം കൊടുത്തത് പരമഗുരുതന ഗുരു ഒരാളല്ലേ ഇന്ദ്രൻ എന്ത് സംഭവിക്കുന്നു അടുത്ത് പറയുന്നു അധ ഇന്ദ്രു അപ്രാപ്യവേവാൻ ഭയം ദദർശ യഥം അസ്മിൻ ശരീരേ സദ്ധലങ്കൃത സദ്വലങ്കൃതോ ഭതി സുവസനേ സുവസന പരിഷമേ അയം അസ്മ അന്ധോഭവതിരീരം അധ ഇന്ദ്രോ അപ്പം അക്രൂരിയാദി സമ്പദായുക്ത ഗുരോർവചനം പുനഃ പുനഃസ്മരൻവ ഗൻ ഏതമാണം ഭയം സ്വാത്മഗ്രഹണനിമിത്തം ദൃഷ്ടവാൻ ഇന്ദ്രനെ സംബന്ധിച്ച് അങ്ങനെയല്ല ഇന്ദ്രനിലെന്താണ് ദൈവ്യ ദൈവീസമ്പത്തോടാണ് അസുരരാജ അവനെ അപേക്ഷിച്ച് വിരോചനെ അപേക്ഷിച്ച് കുറച്ചുകൂടി ഹൃദയശുദ്ധിയുണ്ടായത് അക്രൂര്യാദി ക്രൗരിയം തുടങ്ങിയ ദോഷങ്ങൾ ഉണ്ടായിരുന്നില്ല അസുരനങ്ങനെയല്ലല്ലോ ക്രൂരതയുള്ളവനെയാണ് അസുരൻ എന്ന് പറയുന്നത് ക്രൂരതയും മറ്റും കൂടുതലാണ് ഇന്ദ്രൻ അങ്ങനെയല്ല അതെല്ലാം കുറവായിരുന്നു അക്രൂര്യാദി സമ്പദായി ദേവീ സമ്പത്തുള്ളവനായിരുന്നു ചിലത് ഗ്രഹിക്കുന്നതിൻ്റെ തടസ്സങ്ങൾ കുറവായിരുന്നു ഗുരുവചനം പുനഃപുനഃസ്മരൻ മറ്റേയാളങ്ങനെയല്ല പിന്നെ ഒന്നും ചിന്തിച്ചില്ല വിരോചനൻ കേട്ടു മനസ്സിലാക്കി ശരീരമാണ് ആത്മാവ് ശാന്തഹൃദയനായി ഒന്ന് ചിന്തിക്കേണ്ട ആവശ്യം ഒന്നുമില്ല പക്ഷേ ഹൃദയശുദ്ധിയുള്ളവൻ വീണ്ടും ചിന്തിക്കും വീണ്ടും ഇത് തുടരണമെന്ന് തോന്നും ഞാനിത് പൂർണമായും ഗ്രഹിച്ചോ ഇനി എന്തെങ്കിലും ഗ്രഹിക്കാൻ ശേഷിക്കുന്നുണ്ടോ അങ്ങനെയുള്ള ഒരു ജിജ്ഞാസ് അവൻ്റെ മനസ്സിന് വരും അസുരനത് വരത്തില്ല അവൻ പെട്ടെന്ന് തന്നെ കൃതാർത്ഥനാകും കൃതാകൃത്യനാകും ഇവിടെ ഗുരുവചനം പുനഃപുനഃസ്മരൻ രവഗ്ശൻ അതുകൊണ്ടാണ് ഇവരെ മുമ്പേ നടന്നു കഴിഞ്ഞപ്പം പ്രജാവതി പിറകെ വിളിച്ചു പറഞ്ഞെന്ന് പറഞ്ഞു ഇതാ രണ്ടുപേര് കാര്യം പിടികിട്ടാതെ പോവുകയാണ് ഇവർ പിടികിട്ടിയത് ശരിയില്ല എന്നൊക്കെ പറഞ്ഞതും ആലോചിച്ചു അതാ അങ്ങനെ പറഞ്ഞത് ഇനിയും ശേഷിക്കുന്നു എന്ന് പറഞ്ഞ എന്താ കാരണം ഇങ്ങനെയല്ല പുനഃ പുനഃസ്മരൻ വീണ്ടും വീണ്ടും നിരന്തരം സ്മരിച്ചുകൊണ്ട് വെച്ചൻ അതാണ് ശ്രവണാദികൾ ആവർത്തിക്കണമെന്ന് പറയുന്നു കേൾക്കുന്നു മനസ്സിലാകുന്നില്ല ചിലർക്ക് മനസ്സിലാകുന്നു അവർ കൃതാർത്ഥരാകുന്നു രണ്ടും അപകടമാണ് പെട്ടെന്ന് കൃതാർത്ഥരായാൽ ചിലപ്പോൾ അത് തെറ്റിദ്ധാരണ ചെയ്യുന്നതായിരിക്കും മറിച്ച് അത് വീണ്ടും അത് തുറന്നു കഴിഞ്ഞാൽ ക്രമേണ തെളിഞ്ഞു വരും നമ്മൾ പലപ്പോഴും ചർച്ചയായിട്ടുള്ള കാര്യമാണ് അപ്പോൾ ഇങ്ങനെ ഈ പോക്കിൽ തന്നെ ഇതൊക്കെ കഥയെന്ന വരുന്ന ഒരു കല്പനയാണ് ജീവൻ്റെ അവസ്ഥയെക്കുറിച്ച് ജീവൻ്റെ ഗതിയെക്കുറിച്ചൊക്കെയാണ് ഈ പറയുന്നത് ഇവിടുത്തെ ഇന്ദ്രനും ദുരോധനുമെല്ലാം ദേവനും അസുരനുമെല്ലാം ദേവി ആസുരി സമ്പത്തുള്ള ജീവന്മാരാണ് അപ്പോൾ ആ ജീവന്റെ മുന്നോട്ടുള്ള ആ ഗതികളിൽ ഇതിനെ സ്മരിച്ചു അതുകൊണ്ടവിടെ ദേവി സമ്പത്തുള്ളത് കൊണ്ട് ഏത് ദോഷ്യമാണ് ഭയം സ്വാത്നഗ്രഹണ നിമിത്തം ദർശദൃഷ്ടി അപ്പോഴാണ് സ്വയം ഒരു ഭയം ഉണ്ടായത് അസുരന് ശാന്തി വന്നപ്പോൾ ദേവന് ഭയം ഒന്നാണ് എന്തായിരുന്നു ഭയം ബുദ്ധശരാവ ദുഷ്ടാന്തെന്ന് പ്രജാപനായ യഥർത്ഥം ന്യായ ദുഃഖത്ത് ദേവദേശവും പ്രത്യഭ ബുദ്ധ് ബുദ്ധശരാവ ദിഷ്ടാന്തത്തിലൂടെ വെള്ളത്തിൻ്റെ ദൃഷ്ടാന്തവും മറ്റും പറഞ്ഞു ഏത് തത്വത്തെയാണോ ബോധിപ്പിക്കാൻ ശ്രമിച്ചത് അതിങ്ങനെ ചിന്തിച്ച് ചിന്തിച്ച് മുന്നോട്ട് പോയപ്പോ അതിൻ്റെ ചില ഭാഗങ്ങൾ പ്രത്യഭ ബുദ്ധു ബുദ്ധിയിൽ പ്രകാശിച്ചു അതന്നെ ശ്രവണ മനങ്ങൾ തുടരണമെന്ന് പറയുന്നു എന്തുകൊണ്ടാദ്യം പ്രകാശിച്ചില്ല കാരണം ആ അത് പ്രകാശിക്കത്തതിനുള്ള തടസ്സം ഉണ്ടായിരുന്നു വിഘ്നമുണ്ടായിരുന്നു ഇപ്പോൾ എന്തുകൊണ്ട് പ്രകാശിച്ചു അതിൻ്റെ മനനം കൊണ്ട് അതിൻ്റെ ചിന്തനം കൊണ്ട് ആ തടസ്സങ്ങൾ കുറേശ് മാറി പൂർണ്ണമായും മാറിയില്ല അതതിൻ്റെ പ്രയോജനമാണ് തത്വഗ്രഹണത്തിന് വിഘ്നങ്ങളെ തടസ്സങ്ങളെ ശ്രവണാദികളെ തന്നെ മാറ്റുമെന്ന് പറയുന്ന അതാണ് അത് തന്നെ തന്നെ മാറ്റും അത് മാറ്റാൻ അത് പര്യാപ്തമാണ് അല്ലൊരു കാര്യം ഒരിക്കൽ കേൾക്കുന്നു പത്ത് തവണ കേൾക്കുമെന്നും അപ്പോൾ കൂടുതൽ തെളിഞ്ഞു വരുന്നു അസുരന്മാരിൽ സംഭവിക്കത്തില്ല അവരൊന്നുകിൽ കൃതാർത്ഥരായി ഓ ഇതാണല്ലോ അറിയാമല്ലോ എന്താ പറയുന്നത് ഇനിയും ബ്രഹ്മമാണ് ഞാൻ ബ്രഹ്മമാണത്രേ ഉള്ളു ശരി അങ്ങനെ ഒരു കൃതാർത്ഥത വരുന്നു ഇതിനപ്പുറം ഇനിയൊന്നുമില്ലല്ലോ അവർക്ക് പിന്നെ സാധന ആവശ്യമില്ല സിദ്ധന്മാരാകും ഇതങ്ങനെയല്ല പ്രത്യഭാത് ബുദ്ധു ആ മനനം തുടർന്നപ്പോൾ ദൈവീസമ്പത്തുള്ളത് കൊണ്ട് നല്ല ബുദ്ധി പ്രകാശിച്ചു എന്നാണ് പറയുന്നു ഏനഛായാത്മഗ്രഹണി ദോഷം തദ്ശ് പറഞ്ഞു ഛായാത്മാവാണ് പ്രതിയൂപമാണ് ആത്മാവ് എന്തെല്ലാം മനസ്സിലാക്കിയതിൽ ആദ്യം മനസ്സിലാക്കിയതിൽ അത് ശരിയല്ലോ അത് തെറ്റാണല്ലോ ദോഷം തൻ്റെ അറിവിൽ ഉള്ള പോരായ്മയെ തിരിച്ചറിഞ്ഞു കഥം യഥൈവലസ്മിൻ ശരീരേ സദ്വലംകൃതേ ഛായാത്മാവി സദ്ധലങ്കൃതോഭവതി സുവസനേ ജ സുവസന പരിഷ്കൃതേ പരിഷ്കൃതോ യഥാനകലോമാതിദേഹാവയവ അപഗമേ ഛായാത്മാവി പരിഷ്കൃതോഭവതി നഖലോമാതിരഹിതോഭവതി എവമേ അയം ഛാത്മാൻ ശരീര നക്കലോമാതിർവയവ തുല്യ്യാദ് അന്ധേ ചക്ഷുഷോ അപഗമേ അന്ധോഭവതി ശ്രാ ശ്രാമ സ്രാവ ചുർക സദ പരിവിഘ്ന ഛിന്നഹസ്തന്നോ വരിവിക്േഹേ ഛാത്മാവതി തഥാ സേഹസ നാശമന്വേഷ ശ്യതി എന്തായിരുന്നു ഇന്ദ്രന്റെ ചിന്ത അത് പറയുകയാണ് എപ്പോഴാണോ ഈ ശരീരത്തെ അശ്വിൻ ശരീര സദ്ധന ഇതിനെ അലങ്കരിച്ചു കഴിഞ്ഞാൽ ഛായാത്മാവി സദ്ധ അലങ്കൃതോഭോതി ആ ഛായാത്മാവും ആ പ്രതിബിമ്പും അലങ്കരിക്കപ്പെടുന്നു അതാണല്ലോ കാണുന്നത് തന്നലങ്കരിച്ചിട്ട് ജലത്തിൽ നോക്കിയാൽ പ്രതിബിമ്പൂ അലങ്കരിച്ചിട്ടുണ്ട് സുവസനേ ച സുവസന നല്ല വസ്ലം ധരിച്ചാൽ അവിടെയും കാണാം നല്ല വസ്തു പരിഷ്കൃതേ പരിഷ്കൃതോ ആടെ ആഭരണങ്ങളൊക്കെ അണിഞ്ഞു കഴിഞ്ഞാൽ അവിടെയും അതെല്ലാം കാണാം നഖലോമാതിരേഹാമെ അപകമേ ഛായാത്മാവി പരിഷ്കൃതം ഒന്ന് വൃത്തിയായി തലമുടിയെല്ലാം വെട്ടി നഖമെല്ലാം മുറിച്ച് സുന്ദരനായി കഴിഞ്ഞാൽ പ്രതിബിമ്പു അതുപോലെയാവും നഖലോമാതിരഹിതോ ഭൂതിയും ഛായാത്മാവി അസ്മിൻ ശരീരേ നഖലോമാതിയഹാവുന്ന അതുകൊണ്ട് എങ്ങനെയാണോ ആ പ്രതിബിംബം അതുപോലെ ഈ ശരീരം ഈ ശരീരം എങ്ങനെയാണോ അതുപോലെ തന്നെ പ്രതിബിംബം ഓരോന്നും എടുത്തു പറയുന്നു അവരുടെ ചിന്തകൾ എങ്ങനെ അത് വളരെ വിശദമായി ചിന്തിച്ച് മനസ്സിലാക്കുന്നു അന്ധേ ചക്ഷുഷാകുകയും അന്ധഭോധി തനിക്ക് കണ്ണില്ലെങ്കിൽ അവിടെയും കണ്ണു കാണത്തില്ല ചിന്തിക്കുകയാണ് ശ്രാമേ സ്രാമാകിലേകനേത്രശ്യാപി അന്ധത്വനൊക്കെ തെത്തുക സാധാരണ സ്രാമെന്ന് പറഞ്ഞാൽ ഒറ്റക്കണ്ണൻ എന്ന അർത്ഥം പക്ഷെ ഇവിടെ അതെല്ലാ അർത്ഥം കാരണം അന്ധനെന്ന് പറഞ്ഞു ഒറ്റക്കണ്ണനും അന്ധനാണല്ലോ അതുകൊണ്ട് ഇവിടെ സ്രാമെന്ന് പറഞ്ഞാൽ ഇവിടെ എന്താർത്ഥം കൊടുക്കും ചക്ഷുർ നാശിക യഥാ സദാ സർവതി എപ്പോഴും കണ്ണിങ്ങനെ എപ്പോഴും മൂക്കലിച്ചു കണ്ടിരിക്കുക ഇതിനൊക്കെയാണ് എന്ന് പറയുന്നത് ജലദോഷം പിടിച്ചവനും കണ്ണുനോകുന്നവനുമൊക്കെ ശ്രാമാണെന്ന് പറയും ഇങ്ങനെയൊക്കെ വെച്ചാൽ ശരീരവികാരങ്ങളെ കാണിക്കുന്നു കൈ പോയവൻ കാല് പോയവൻ ഇവരെല്ലാം ശ്രാമേ പരിവൃക് വിത്തതാ ഭവതി ഇതെല്ലാം സംഭവിച്ചു കഴിഞ്ഞാൽ ആ പ്രതിബ് ആത്മാവിനും അതുതന്നെ സംഭവിക്കുന്നു തഥാസ് ദേഹസ് നാശം അനുയേഷനശി ചിന്തിക്കുകയാണ് ഈ ദേഹത്തിൻ്റെ നാശത്തെ തുടർന്ന് ചായ ആത്മാവ് നശിക്കുന്നു അസുരചിന്തയാണ് മുമ്പ് കാണിച്ചത് ദേവചിന്തയാണ് ഇപ്പോൾ കാണിക്കുന്നു ശരീരമാണ് വില നിന്ന് കഴിഞ്ഞ് ശരീരത്തെ പോഷിപ്പിച്ച് ശരീരത്തിനുവേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തും മരണം വരെ മരണത്തിലും ആ ശരീരത്തോടുള്ള പ്രതി മരിച്ച ശരീരത്തിനൂടി അന്നം കൊടുക്കുക അലങ്കരിക്കുക അതങ്ങനെ പോകുന്നു അസുരബുദ്ധി ദേവൻ മറിച്ച് ചിന്തിക്കുന്നു ഈ മനനം കൊണ്ടെന്താണ് ഉണ്ടായത് പറയുന്നു ഹമത്ര ഭയ്യം പശ്യമീതി സമിതി പുനരേയാജാപതിരുവാച മഖവൻ യച്ഛാദൃദയപ്രവരാജീ സാർം വിരോചന കഗമൈതി സഹോവാച എധൈവഘലയം ഭഗവോ അതിൻ്റെ ശരീര സധവലങ്ക സ്പലലങ്കവസന പരിഷത്തെ പരിഷ്കൃതമേ അമ്മ അന്തോഭവതി സ്രമേ സ്രമ പരിവൃേ പരിവൃക്ണോ അസുഖമന്വേഷണത്തി ഹമത്ര ഭാമീ നേരത്തെ പറഞ്ഞുണ്ട് അധ്യാപി ഇത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എങ്ങനെയൊക്കെ ആണോ സംഭവിച്ചിരുന്നത് ദേവനും അസുരനും ഗുരുവും ശിഷ്യനും എല്ലാം അത് തന്നെ ഇന്നും നടക്കുന്നു ഒരു വ്യത്യാസമില്ല പൂർവ്വ കല്പങ്ങളിൽ എങ്ങനെയാണോ നടന്നത് അത് തന്നെ ഇന്നും നടക്കും അതുകൊണ്ടാണ് ഇതൊക്കെ പറയുമ്പോൾ നമുക്ക് തോന്നിയത് നമ്മളെ കുറിച്ചാണ് പറയുന്നത് അങ്ങനെ നമുക്ക് തോന്നിപ്പോകുന്നത് മനുഷ്യന്റെ മനസ്സിനോ ജീവന്റെ ഘടനയ്ക്കോ ഒന്നും കാലം കൊണ്ടും യുഗങ്ങൾ മാറിയത് കൊണ്ടൊന്നും മാറ്റാൻ വരുന്നില്ല അതുകൊണ്ട് അതിനെ തന്നെ വിശദീകരിക്കും നാഹം അസ്വിൻ ഛായാത്മദർശിനെ ദേഹാത്മദർശനേവ ഭോഗ്യം ഫലം പശ്യാമി പറയുന്നു ഇതുകൊണ്ട് ആ മനൻത്തിലൂടെ ദേവൻ ഗ്രഹിക്കുകയാണ് ഈ ഛായാത്മദർശനം ഈ അരവി എന്താണ് ഈ പ്രതിബിംബമാണ് ആത്മാവ് അല്ലെങ്കിൽ ശരീരമാണ് ആത്മാവ് അസുരൻ ഗ്രഹിച്ചതുപോലെ അതുകൊണ്ട് ഭോഗ്യം ഫലം പശ്യും ഇതുകൊണ്ടൊന്നും ഫലം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഇത്യവം ദോഷം ദേഹഛായാ മന്ദരജനെ അധ്യപൂസായ അവനവന്റെ അറിവിൽ തന്നെ ദോഷത്തെ കാണുക ഈ അറിവിൽ പോരായ്മയുണ്ട് മനനം കൊണ്ടേ അത് സാധ്യമാകുന്നു മനനമില്ലെങ്കിൽ അതുണ്ടാകത്തില്ല കൃതകൃത്യനായ ഉണ്ടാകത്തില്ല അത് നിശ്ചയിച്ച് സമിത് പാണ് ഈ ബ്രഹ്മചര്യം വസ്തു പുനരായ മനസ്സിലായി എന്റെ അറിവിനെന്തു പോരായ്മയുണ്ട് അതുകൊണ്ട് എന്ത് ചെയ്തു വീണ്ടും ആശ്രമത്തിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ട് കുറച്ചു കാലം കഴിഞ്ഞ് വീണ്ടും തിരിച്ചു വന്നു സമിത്പാണി വീണ്ടും സമിത്പാണിയായി ബ്രഹ്മചര്യം വസ്തും ബ്രഹ്മചര്യത്തിൽ വസിക്കുന്നതിന് പുനരേയായ വീണ്ടും മടങ്ങി വന്നു അപ്പം ദേവി സമ്പത്തുള്ളിലുണ്ടെങ്കിൽ മടങ്ങി വരും ഇല്ലെങ്കിൽ പോയാൽ അത് അധോ ഗതിയാണ് അസുരനെ ഇവിടെ അങ്ങനെയല്ല അത് മുടങ്ങി വരാൻ വേണ്ടിട്ടാണ് വിളിച്ചു പറഞ്ഞത് ഗുരു ഈ ശരിയായി ഗ്രഹിച്ചിട്ടല്ല പോകുന്നത് അതുകൊണ്ട് നിനക്ക് തിരിച്ചു വരേണ്ടി വരും അപ്പോൾ അത് ചിന്തിച്ചു അതിനുള്ള പുണ്യം ഉണ്ടായിരുന്നു അസുരനെ പോലെയല്ല അതുകൊണ്ട് കുറച്ചു കാലം നിന്നൊക്കെ വിട്ടു നിന്നെങ്കിലും വീണ്ടും മനനം ചെയ്യപ്പോൾ തിരിച്ചു വന്നു ബ്രഹ്മചര്യം മസ്തും വീണ്ടും തപസ്സിന് വേണ്ടി തന്നെ വന്നു സ്വയം തെറ്റ് തിരുത്തിയിട്ട് വീണ്ടും കൃതാർത്ഥനായിട്ടാണല്ലോ പോയത് കൃതാർത്ഥത സ്വയം നേടാതെ കൃതാർത്ഥനായി പോയി കഴിഞ്ഞെങ്കിൽ അതൊരു തെറ്റ് തന്നെയാണ് ആ തെറ്റ് തിരുത്തി വീണ്ടും മുടങ്ങി വന്നു പുനരേയായ ഇവിടെ ഗുരുവിനോടുള്ള അഭിപ്രായ വ്യത്യാസം കൊണ്ടൊന്നും പോയാലോ കാരണം അഭിപ്രായവും അഭിപ്രായ വ്യത്യാസവും ഒക്കെ ശിഷ്യനെയുള്ളു ഗുരുവിൽ അതൊന്നുമില്ല ഗുരുവിനെ സംബന്ധിച്ചിടത്തോളം ഗുരു ആത്മനിഷ്ഠനാണ് പോയാലും വന്നാലും ഗുരുവിനെ അതൊന്നും ബാധിക്കുന്നില്ല ശിഷ്യനെ അങ്ങനെയല്ല ശിഷ്യനെ അഭിപ്രായവും അഭിപ്രായ വ്യത്യാസങ്ങളല്ല ശിഷ്യനെ ബാധിക്കും സത്യനിഷ്ഠനല്ല അതുകൊണ്ട് അതുകൊണ്ട് സത്യം ഗ്രഹിക്കാതെ നിന്നാൽ സത്യം ഗ്രഹിക്കാതെ പോയാൽ നല്ല ഗുണവും ദോഷവും എല്ലാം ശിക്ഷനെ സംബന്ധിച്ചാണ് ഗുരുവിനെ സംബന്ധിച്ചല്ല ഇവിടെ ശിക്ഷൻ വിവേകമുള്ളതുകൊണ്ട് മടങ്ങി വന്നത് എന്നാൽ കുറച്ചുകൂടി ബ്രഹ്മചര്യത്തിൽ തപസ്സനുഷ്ഠിക്കാം ഗുരുവിൻ്റെ സന്നിധി കഴിയാം എന്തുകൊണ്ടിത് ശാന്തി വരുന്നില്ല തൻ്റെ പോരായ്മയാണെന്ന് തിരിച്ചറിയുന്നു ബ്രഹ്മപ്രജാപത്തിൽ ഉപാച തിരിച്ചു വന്നപ്പോൾ ഗുരുവിന് സന്തോഷമായി കുഞ്ഞാടം മടങ്ങി വന്നല്ലോ എന്നുള്ള സന്തോഷം മഖവൻ ശാന്തഹൃദയ പ്രവ്രാജിഹി പ്രകൃതവാനസി വിരോചനീന സാർത്ഥം പറഞ്ഞു അല്ലയോ ദേവ ഈ അസുരനോടൊപ്പം ജ്ഞാനിയായിട്ടാണല്ലോ ഇവിടെ നിന്ന് പോയത് എല്ലാം തികഞ്ഞവനായിട്ടാണല്ലോ ശാന്തഹൃദയനായിട്ടാണല്ലോ പ്രവ്രാജിഹി പ്രവ്രചനം നടത്തിയത് ആശ്രമത്തിൽ നിന്നിങ്ങനെ പലരും പോകാറുണ്ടോ പ്രഭ്രചനത്തിന് എല്ലായിടവും പ്രഭ്രചനം നടത്തിയിട്ട് വരാം എന്ന് പറഞ്ഞു പലരും അതിന് തയ്യാറെടുക്കുന്നുണ്ടാവും പ്രഭവചനം ശാന്തഹൃദാനികളായി പ്രഗതവാനും വിട്ടുപോയതാണ് പൂർണ്ണമായിട്ട് ഇനി ഇങ്ങോട്ട് ഈ പടി കേരളത്തിലും പറഞ്ഞു പോയത് അഗതവാൻ ഇനി ഇങ്ങോട്ട് വരേണ്ട ആവശ്യമില്ല വിരോചനേനെ സാധ്യമോ അസുരനോടൊപ്പം കിമിച്ചൻ പുലരാകുമ എന്താ മടങ്ങി വന്നത് എന്തിനു വേണ്ടിയിട്ടായിപ്പോ ഇങ്ങോട്ട് വീണ്ടും വന്നത് എന്നാ നമ്മുടെ ഭാഷയിൽ എന്തിനാ ഇങ്ങോട്ട് എഴുതുന്നത് പോയ വഴിക്കു പോയാ പോരായിരുന്നോ എന്നാ ബിജാനൻ അഭിപ്രായ ഇന്ദ്രാഭിപ്രായ അഭിവ്യക്തി അറിയാം ഗുരുവിനെ സംബന്ധിച്ച് ചോദിക്കുന്നതും പറയുന്നതും ഒന്നും അറിയാൻ വയ്യാത്തോണ്ടാണോ അല്ലല്ലോ കുറച്ചു കാലം ആശ്രമത്തി കഴിഞ്ഞവനല്ലേ തപസ് ചെയ്തവനല്ലേ ഇവൻ്റെ മനസ്സൊക്കെ നല്ലവണ്ണം അറിയാൻ പോയത് എന്തിനാണോ തിരിച്ചു വരുന്നത് എന്തിനാണ് എല്ലാം അറിയാം വിജാനൻ അഭി പറയുന്നു എല്ലാം മനസ്സിലാക്കിയിട്ടാണെങ്കിൽ പുനഃപ്രശ്ന വീണ്ടും ചോദിച്ചു അറിഞ്ഞ കാര്യം എന്തിനാ ചോദിച്ചു എന്തിനാണ് എന്തിരഭിപ്രായ അഭിവ്യക്തി കൊണ്ട് എന്നെ പറയിക്കണം അവൻ അങ്ങനെ ഒരു ചെറിയ ശിക്ഷയെങ്കിലും കൊടുക്കണ്ടേ പോയി ഒരു പോക്കങ്ങ് പോവുക പിന്നെ തോന്നും വരുക ഇതെന്താ വഴിയമ്പലമാണ് അതുകൊണ്ട് അഭിപ്രായ അഭിവ്യക്തയെ കൊണ്ട് എന്നെ പറയിക്കണം എങ്ങോട്ടെന്താ പോയത് എന്താ വരുന്നത് ശരി നീ എന്തൊക്കെയാ മനസ്സിലാക്കിയിട്ടാണ് പോയി പോയിട്ട് നീ എന്തൊക്കെ മനസ്സിലായി അതെല്ലാം ഒന്ന് പറയും എന്താ ഗുണം ഉണ്ടായത് പോയിട്ട് ഇത്രയും കാലം പ്ര പ്രചനമായിട്ട് കറങ്ങി വരുന്നത് എന്ത് നേടി ഇനി എന്തെങ്കിലും നീ ആവശ്യമില്ലാത്തവർക്കാണ് നേടിയിട്ടാണ് വരുന്നതെങ്കിൽ അതൊക്കെ കളഞ്ഞിട്ട് വരണം അതുകൊണ്ട് ഇങ്ങോട്ട് കയറരുത് ഇവിടെ നാശമാക്കരുത് തഥാച സ്വാഭിപ്രായം പ്രകടം അകരോത് യഥൈവിച്ച പ്രജാപതി തംഭ പ്രജാപതിരുവാചാവിനോട് പ്രജാപതി എന്താ പറഞ്ഞത് മഖവൻ ശാന്തഹൃദയ പ്രാജഹി നീ വളരെ ജ്ഞാനിയായിട്ട് ശാന്തഹൃദയനായിട്ടാണല്ലോ പോയത് സാർത്ഥം വിരോചനാ വിരോചനോടൊപ്പം കിം വിച്ഛൻപുനരാകുമോ പിന്നെ എന്തിനുവേണ്ടി നീ മടങ്ങി വന്നു ഇതി സഹോ വാച യഥൈവ അസ്മിൻ ശരീരേ അപ്പം താൻ മനസ്സിലാക്കിയ കാര്യങ്ങളൊക്കെ പറയുകയാണ് ഈ ശരീരത്തിൽ സദ്ധലങ്കൃത സദ്ധലങ്കൃതോ ഭൂതി ശരീരം അലങ്കരിച്ചാൽ അവിടെയും അലങ്കാരം വരുന്നു ആഛായിൽ പരിഷ്കൃതേ പരിഷ്കൃത ഏവമേവായും അസ്മിൻ അന്ധോഭൂതി ശ്രാമേ ശ്രാമ പരിവർക് പരിവർഗ്ണോ അസൈവ ശരീരം അന്വേഷണശതി ഈ ശരീര നാശത്തോടൊപ്പം അതും നശിക്കുന്നു അതുവരെയുള്ള കാര്യങ്ങൾ ുമ്പ്പ്പ് പറഞ്ഞ കാര്യങ്ങളെല്ലാം പറഞ്ഞു നാഹമാത്ര ഭ്യം പശ്യാമി ഇതിൽ എനിക്ക് എന്തെങ്കിലും ഫലമുണ്ടെന്ന് തോന്നുന്നില്ല ഇവിടെ മിട്ട് ഞാൻ ഹിമാലയത്തിലെല്ലാം പോയി നോക്കി എല്ലാവരും ഇതുപോലെയൊക്കെ തന്നെ ഒരു വ്യത്യാസമൊന്നുമില്ല എന്തെങ്കിലും ഗുണമുണ്ടെന്ന് തോന്നുന്നില്ല ഞാൻ തുല്യ അക്ഷയപുരുഷ ശ്രവണേ തത്കിം നിമിത്തം തുല്യ അക്ഷപുരുഷനെ പറയുന്നു രണ്ടുപേരോടും ഒരുപോലെയാണ് ഉപദേശിച്ചത് ദേവനോടും അസുരഛായം ഇന്ദ്രോ അഗ്രഹീത് ആത്മീയ ഇന്ദ്രനെന്ത് പ്രതിബിംബത്തെ ആത്മാവെന്ന് ധരിച്ചു വിരോചന വിരോചനാണെങ്കിലും ദേഹം തന്നെ ആത്മാവെന്ന് ഗ്രഹിച്ചു സത്യം ഇതെന്തുകൊണ്ട് എന്നുവെച്ചാൽ ഗുരു ഗുരുവിന്റെ സന്നിധിയിൽ കഴിയുന്ന ശിഷ്യന്മാർ പലതും പലതായി പോകുന്ന പല ഗുണമുള്ളതായി പോകുന്നുണ്ട് ചിലതിന് ഗുണമുണ്ട് ചിലതിന് ഗുണമില്ല ചിലതിനു ദുർഗുണമാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്ന എന്തുകൊണ്ടാണ് ചോദിക്കുന്നു ഗുരു ഒന്നല്ലേ അപ്പൊ ജഷ്യന്മാരും എല്ലാം ഒരുപോലെ ഇരിക്കണ്ടേ എന്നാണ് ഒരാള് ശരീരമാണ് ആത്മാവെന്ന് ധരിച്ചു വേറൊരാള് ശരീര ഛായയാണ് ആത്മാവെന്ന് ധരിച്ചു പത്രമന്യതേ പറയാം ഇതിനെ സംബന്ധിച്ച് ഓരോരുത്തർക്കും ഓരോ അഭിപ്രായമുണ്ട് ചിലർ ഇങ്ങനെയാ പറയുന്നത് യഥാ ഇന്ദ്രസേവുദശരാവാദി പ്രജാപതിവചനം സമരോ ദേവാൻ അപ്രാപ്ത സേവ ആചാര്യുക്ത ബുദ്ധിയ ഛായാത്മഗ്രഹണം തത്ര ദോഷദർശനം അഭൂ ഇന്ദ്രനെ സംബന്ധിച്ചെന്താണോ ഈ പ്രജാപതി പറയുന്നത് കേട്ട് പിന്നാലെ സ്മരിച്ചു ദേവന്മാരുടെ അടുത്തെത്തിയില്ല ശിഷ്യന്മാരെ സമ്പാദിച്ചില്ല അതിനു മുമ്പ് തന്നെ ആചാര്യുക്ത ബുദ്ധ്യ ആചാര്യൻ പറഞ്ഞ അനുസരിച്ച് ഛായാത്മാവിനെ ഗ്രഹിച്ചു അവിടെ ദോഷദർശനം ഉണ്ടായി ഇന്ന തഥാ വിരോചനസ്യ പക്ഷെ വിരോചൻ അങ്ങനെയല്ല കിന്തവിനെന്താണ് ദേഹയേവാത്മദർശനം നാവി തത്ര ദോഷദർശനം പോവുക വിരോചനാണെങ്കിലോ ദേഹത്തിൽ തന്നെ ആത്മദർശനം വന്നു അവിടെ ദോഷദർശനം ഉണ്ടായതുമില്ല അത് ദോഷമാണെന്നും ധരിച്ചില്ല തദ്വദൈവ വിദ്യാഗ്രഹണ സാമർഥ്യ പ്രതിബന്ധ ദോഷ അൽപത്വ ബഹുത്വ അപേക്ഷം ഇന്ദ്രവിരോചനയോ ഛായാത്മദേഹയോ ഗ്രഹണം അതുപോലെ തന്നെ എന്താ അതിന് കാരണം പറയുന്നു വിദ്യാഗ്രഹണ സാമർഥ്യ പ്രതിബന്ധദോഷാൽപത്വ ബഹുത്വാപേക്ഷം ഇതാണ് സർവത്ര കാരണം ഗുരു ഉപദേശിക്കുന്നു ശിഷ്യന്മാർ പലതരത്തിൽ ഗ്രഹിക്കുന്നു പല ഗ്രഹത്തിൽ ഗ്രഹിക്കുന്നു എന്ന് മാത്രമല്ല ഇത് കേൾക്കുമ്പോൾ ചിലർ അവരുടെ ഉള്ളിലിരിക്കുന്ന മാലിന്യങ്ങളൂടി നശിക്കുന്നു ചിലർ തത്വജ്ഞാനികളായി മാറുന്നു ചിലർക്ക് വിപരീതഗ്രഹമുണ്ടാകുന്നു ചിലർ ഇനി അത് മാത്രമല്ല തത്വത്തെ ഗ്രഹിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ചിലർ ഉപദേശിക്കുന്നവൻ്റെ ശത്രുവുമാകും അവന്റെ മനസ് അങ്ങനെയാണെങ്കിൽ ഗുരുവിന് ശത്രുവായി മാറിയ ശിഷ്യൻ അതുവരെ സംഭവിക്കാം ഇതിനല്ല എന്താ കാരണമെന്ന് പറയുന്നു വിദ്യാഗ്രഹണ സമൃദ്ധി പ്രതിബന്ധ ദോഷ അല്പത്ത് ബഹുത്വം അപേക്ഷിച്ച് ഓരോ വ്യക്തിയിൽ വിരിക്കുന്ന ആ ദോഷത്തിന്റെ അൽപത്വം ബഹുത്വം ഇതിനപേക്ഷിച്ച് ചിലരുടെ ദോഷം വളരെ കുറവായിരിക്കും അവർ പെട്ടെന്ന് ആഗ്രഹിക്കും ബഹുത്വം അപേക്ഷിച്ചത് മാറി മാറി മാറി വരും പ്രോചനാണെങ്കിലും ഇത്രയും കേട്ടിട്ട് അവിടെ പോയി പിന്നെ അവിടെ നിന്ന് ശല്യം ഒന്നും ചെയ്തില്ല ഗുരുവിന് ഉപദ്രവം ഒന്നും ഇനി ആ വളരെ കൂടുകയാണെങ്കിൽ പിന്നെ ഗുരുവിനെ തന്നെ ഉപദ്രവിക്കും എന്നിട്ടേ പോകത്തുള്ളു അതുവരെ സംഭവിക്കാം ഉപദേശത്തിന് ഫലം ശ്രോതാവിൻ്റെ യോഗ്യത അനുസരിച്ചാണ് അതാണ് ദോഷ അൽപ്പത്വ ബഹുത്വപേക്ഷ ഇന്ദ്രവിരോചനയൂർ ഛായാത്മദേഹ യൂർഗ്രഹണം അതുകൊണ്ട് ആ ദോഷത്തിൻ്റെ ഏറ്റക്കുറിച്ചിലനുസരിച്ച് ഉപദേശത്തെ അവനവന്റെ രീതി ഗ്രഹിക്കുന്നു അതാണ് ശിഷ്യന്മാരോ ഗുരുക്കന്മാരോ വ്യാഖ്യാനിക്കുന്നത് ഗുരുക്കന്മാരെ ഓരോരുത്തരുടെയും താല്പര്യമനുസരിച്ച് ഗുരു പറഞ്ഞ ഉപദേശത്തിന്റെ ഓരോ ഭാഗങ്ങൾ അടർത്തിയെടുക്കും ആ സന്ദർഭത്തെ വിട്ടിട്ട് പറഞ്ഞതിന്റെ താല്പര്യത്തെ വിട്ടിട്ട് എന്തിനു വേണ്ടി അത് പറഞ്ഞു എന്ത് താൽപര്യത്തിലാണ് അത് വിട്ടിട്ട് ഒരു ഭാഗത്തെ എടുക്കും തനിക്ക് ഒന്നുകിൽ അനുകൂലമായി ചിന്തിക്കുന്നതിനെങ്കിൽ പ്രതികൂലമായി ചിന്തിക്കുന്നു തന്റെ വാസനയും സംസ്കാരമനുസരിച്ച് എടുത്തിട്ട് ഓരോ സിദ്ധാന്തങ്ങൾ ആവിഷ്കരിക്കും ചിലപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ എടുത്തിട്ട് ഗുരുവിനെതിരെയും ഭാഷകാലം പറഞ്ഞ പോലെ ആക്രോസിക്കും ഗുരു പറഞ്ഞത് ശരിയായില്ല ഗുരു പറഞ്ഞതിൻ്റെ ഉദ്ദേശം വേറെയാണ് അതിൻ്റെ താൽപ്പര്യം വേറെയാണ് ഇതൊക്കെ അവനവൻ്റെ മനസ്സാകുന്നു ഗുരു അതിന് ഉത്തരവാദിത്വം തോന്നുന്നു പക്ഷെ പറയുന്നവണ് ഒരുത്തന്നെ അവനവൻ്റെ ബുദ്ധിക്കനുസരിച്ച് ഓരോന്ന് ഗ്രഹിച്ച് അതിനെ ഓരോന്ന് വ്യാഖ്യാനിച്ച് സ്വയം തന്റെ മനസ്സിൽ തന്നെ ശത്രുവിനെയും ഇത്രത്തെയും സൃഷ്ടിച്ചു കഴിഞ്ഞാൽ ആർക്കും ചെയ്യാൻ പറ്റും ഗുരു ഉപദേശിക്കുന്നതിന് വേണ്ടി അവന്റെ ദുഃഖം നിവൃത്തിക്ക് വേണ്ടിയിട്ടാണ് അവന്റെ മിഥ്യാധാരണകളെ ഇല്ലാതാക്കാൻ വേണ്ടി പക്ഷെ അവൻ കൂടുതൽ ദുഃഖത്തിന് സ്വയം നിമിത്തമായി തീരുന്നു ഒരുപാട് മിഥ്യാധാരണകളെ ഉണ്ടാക്കുന്നു ഗുരുവിനെപ്പോലും ചിലപ്പോൾ ശത്രുവായി കാണുന്നു ഇതെല്ലാം സംഭവിക്കുക അതിനൊരു ഭാഷകാലം വരുന്നു പ്രതിബന്ധദോഷ അല്പത്വ ബൌത്വ അപേക്ഷ ഇത്തരം കാര്യങ്ങളൊക്കെ ബോധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ കഥകളിവിടെ പറയുന്നത് ഇന്ദന്റെയും വിരോചനന്റെയും തത്വത്തെ മാത്രം പറഞ്ഞിട്ട് കാര്യമുള്ളു തത്വത്തെ പറഞ്ഞിട്ടും ഗ്രഹിക്കാൻ പറ്റുന്നില്ല തത്വത്വഗുരു പരമാവധി വെളിപ്പെടുത്തി തത്വമസി പറഞ്ഞതിന് ശേഷം ഉണ്ട് ഇതൊക്കെ പറയും തത്വമസിയിൽ പറയേണ്ടതിൻ്റെ പരമാവധി പറഞ്ഞു കഴിഞ്ഞു പക്ഷേ ഞാൻ ഗ്രഹിക്കുന്നില്ലല്ലോ ശ്രവണം സംഭവിക്കുന്നു തത്വഗ്രഹണം അതോടൊപ്പം സംഭവിക്കുന്നില്ല എന്തുകൊണ്ട് ദോഷങ്ങളിരിക്കുന്നു അഭിനയം ചെയ്യണം ആദ്യം പോലെ തുടങ്ങും ഇന്ദ്രോ അല്പദോഷ ദൃശ്യത ശ്രുത്യർം ശ്രദ്ധയ ജഗ്രഹ ഇന്ദ്രഛായ നിമിത്തം ദേഹം ഹീവ് ശ്രുത്യർം ദക്ഷിണയ ജഗ്രഹോഷ ദൃശ്യത്തെ ഇന്ദ്രനവിടെ ദോഷം തോറന്നവനൊന്നുമല്ല ഇന്ദ്രനും ഉണ്ട് ദോഷം പക്ഷെ കുറവാണ് അങ്ങനെ വിരോചന് അപേക്ഷിച്ചു കുറവ് അതുകൊണ്ട് അയാൾ കുറച്ച് മനസ്സിലാക്കി ഛയാത്മാവരെ എത്തി ശ്രുത്യർത്ഥമേവ ശ്രദ്ധധാനതയാ ശ്രദ്ധയുണ്ട് ജഗ്രാഹ ഇതൊരു ഛായാനിമിത്തം ദേഹം ഹിത്വാശ്രിത്വത്വം ദക്ഷിണയാ ജഗ്രാഹ അസുരനാണെങ്കിലോ അവിടെ ആ ദേഹത്തെയാണ് ചായ എന്ന ഗ്രഹിച്ച് ചായക്ക് നിമിത്തമായ ദേഹത്തെ ഹിത്വശ്രു അടഥം ശൃതിയർത്ഥത്തെ ഒഴിവാക്കിയിട്ട് ലക്ഷണ ഗഗ്രഹ ലക്ഷണയിലൂടെ ഗ്രഹിക്കുന്നത് ഇതും വളരെ രസകരമായ കാര്യമാണ് നമ്മൾ സാറിന് പറയൂലോ എഴുതാത്ത പുറം വായിക്കുക എന്ന് പറയും വാസ്തവത്തിൽ ലക്ഷണമെന്ന് പറയുന്നത് പരമമായ താല്പര്യത്തെ ഗ്രഹിക്കാൻ വേണ്ടിയിട്ടാണ് താല്പര്യത്തെ ഗ്രഹിക്കുകയാണ് ആത്മാവെന്ന് വ്യക്തമായി പറഞ്ഞപ്പോൾ ചായക്ക് നിമിത്തമായിരിക്കുന്ന ദേഹമാണ് ആത്മാവെന്ന് ഗ്രഹിച്ചത് ലക്ഷണയിലൂടെയാണെന്നാണ് ഇപ്പൊ വിപരീത ഗ്രഹണവും ലക്ഷണയിലൂടെ ഉണ്ടാകാം എന്ന് പറഞ്ഞാൽ നമ്മൾ വ്യാഖ്യാനിക്കും പോലെ ഗുരു ഒരു പറഞ്ഞു ആ അതിന്റെ ഇന്നതായിരിക്കും അത് ഗുരുവിൻ്റെ താല്പര്യമല്ല നമ്മുടെ താല്പര്യം എന്നിട്ട് ധരിക്കുന്നു ആ താല്പര്യം എനിക്ക് വിരുദ്ധമാണ് അതെനിക്ക് അനുകൂലമല്ല എന്ന് ഗുരുവിൻ്റെ വാക്യത്തെ വ്യാഖ്യാനിക്കുക പക്ഷെ ദുർവാ ദുർവ്യാഖ്യാനമായിപ്പോകും തന്റെ സംസ്മനുസരിച്ച് തന്നിലിരിക്കുന്ന ഗുരുദോ ഗുണദോഷങ്ങളെല്ലാം തന്നിലിരിക്കുന്ന പോരായ്മകൾ ന്യൂനതകൾ തന്റെ അഹന്ത തൻ്റെ രാഗദ്വേഷങ്ങളെല്ലാം ഗുരുവിലേക്കും ആരോപിക്കുക അപ്പം ഗുരു എന്ത് താല്പര്യത്തിലാണോ പറഞ്ഞത് ആ താല്പര്യത്തെ ഗ്രഹിക്കണമെങ്കിൽ അവിടെ ലക്ഷണം വേണം പക്ഷെ ഇവിടെ ലക്ഷണം ഉപയോഗിച്ചു പക്ഷേ വിപരീതമായ അർത്ഥത്തെ ഗ്രഹിക്കുന്നതിന് ലക്ഷണം ഉപയോഗിച്ചു ഗുരുദ്ദേശിച്ച താല്പര്യമല്ല ഗ്രഹിച്ചത് അതിനൊക്കെ കാരണം എന്താണ് തനിക്കൊരു സംസാരമുണ്ട് തനിക്കൊരു അറിവുണ്ട് ആ അറിവ് അനുസരിച്ച് ഗുരുവിന്റെ വാക്യങ്ങളെ ഓരോ ഭാഗത്ത് നിന്നും അടർത്തി അടർത്തിയെടുക്കും എന്നിട്ടതെല്ലാം കൂടെ ചേർത്ത ഒരു പുസ്തകമാകും തന്റെ സിദ്ധാന്തം ഗുരുവിന്റെ സിദ്ധാന്തമായിട്ട് സമർപ്പിക്കും അതാണ് ഇവിടെയും പറയുന്നത് എന്താണ് ഇന്ദ്രോ അൽപദോഷത്വ ദൃശ്യത്തെ ഇത് ശ്രുത്യർത്ഥമേവ ശ്രദ്ധധാനതയാഗ്രഹമാണ് ദൃശ്യതയെ ഇങ്ങനെ കാണപ്പെടുന്നു ഛയാത്മ എന്ന് പറഞ്ഞതിനെ തന്നെ ശ്രദ്ധ കൊണ്ട് ദോഷം കുറവുള്ളതുകൊണ്ട് ജഗ്രഹ ഈദ്രയാനിമിത്തം ദേഹം ഹിത്വാശ്രുത്യർത്ഥം ലക്ഷണയ ജഗ്രഹാന്ന് എന്താണോ കാണുന്നു എന്ന് പ്രജാപതി ഉപദേശിച്ചത് അതിനെ അങ്ങോട്ട് വിട്ട് അപ്പം പറഞ്ഞ അർത്ഥത്തെ വിട്ടിട്ട് വേറൊരു അർത്ഥത്തെ എടുക്കണമെങ്കിൽ അത് ലക്ഷണമേ അപ്പോൾ ലക്ഷണ എപ്പോഴും താല്പര്യം എപ്പോഴും ശരിയല്ല അപ്പം നമ്മൾ ഗുരുവിനെ വ്യാഖ്യാനിക്കും ആ ഗുരു അങ്ങനെ പറഞ്ഞെങ്കിലും അതിൻ്റെ താല്പര്യം ഇന്നതായിരിക്കും അതായിരിക്കണമെന്നില്ല ഗുരുവിന്റെ താല്പര്യം തൻ്റെ സംസ്കാരം അനുസരിച്ച് കൽപ്പിക്കുന്നതാണ് കാരണം ഗുരുവിൻ്റെ താല്പര്യം അങ്ങനെയാണെന്ന് ധരിച്ച് പിന്നീടം മുന്നോട്ട് പോകുമ്പോൾ തനിക്ക് വരുന്ന ദോഷങ്ങൾ കണ്ട് മനസ്സിലാക്കാൻ ഇതായിരുന്നില്ല ഗുരുവിൻ്റെ താല്പര്യം ഗുരുവിൻ്റെ താല്പര്യമനുസരിച്ചാണ് താൻ തനിക്ക് ദോഷം വിലത്തേണ്ടിവരിക്കുന്നത് അപ്പോൾ ഇപ്പോൾ ദോഷം വന്നിരിക്കും ഇത്രയും കാലം ഗുരുവിന്റെ സമീപ്യ സമീപ്യ കഴിഞ്ഞിട്ടും അവസാനം എനിക്ക് ദോഷമാണല്ലോ വന്നത് ഗുരുവിന്റെ സമീപ്യത്തിൽ കഴിഞ്ഞാൽ ദോഷം വരത്തില്ല ഗുരുവിന്റെ മാർഗത്തെ പിന്തുടർന്നാൽ ദോഷം വരത്തില്ല പക്ഷെ ദോഷം എനിക്ക് വന്നു എന്താണ് ഗുരു പറഞ്ഞ കാര്യങ്ങൾക്കെല്ലാം ലക്ഷണമെടുത്തു ഗുരുവിന്റെ വിവക്ഷയിലില്ലാത്ത അർത്ഥങ്ങളെ ഗ്രഹിച്ചു അതനുസരിച്ച് പ്രവർത്തിച്ചു ജീവിച്ചു കാര്യങ്ങൾ ചെയ്തു അതെല്ലാം അവസാനം ദോഷത്തിൽ അതിന് ഗുരു ഉത്തരവാദിയാണോ ഒന്നുമല്ലല്ലോ അപ്പം നമ്മുടെ ഉള്ളിലിരിക്കുന്ന ഇതനുസരിച്ച് ഗുരുവിന്റെ വാക്യങ്ങളെ വ്യാഖ്യാനിക്കാൻ പോയാ ദോഷമേ വരൂ അതാണ് പറയുന്നത് ശരിയായ അർത്ഥത്തെ വിട്ടിട്ട് താല്പര്യത്തെ എടുത്തു ദക്ഷിണയായ ജഗ്രഹപ്രജാപതും ഉത്തോയം പ്രജാഗ്രഹ പ്രജാപതിനോഷ ഇതാണ് ഗുരു പറഞ്ഞത് പ്രജാപതിനും ഇതാണ് ഗുരു പറഞ്ഞതെന്ന് അങ്ങനെ ഗുരു ചെന്നോട്ട് ദോഷഭൂയസ്തുവന്റെ ഉള്ളിലിരിക്കുന്ന ദോഷമാണ് ഗുരു പറഞ്ഞപ്പോൾ അതൊന്നും ഉദ്ദേശിച്ചില്ല ഗുരു നന്മയെ ഉദ്ദേശിച്ചു ഗുരു ഉപദേശിക്കുന്നത് രാഗദ്വേഷങ്ങളുള്ള പ്രേരണ കൊണ്ടല്ല മറിച്ച് ശിഷ്യന്റെ മാത്രമേ ഗുരു ആഗ്രഹിക്കുന്നുള്ളൂ ഗുരുവിന് പ്രത്യേകിച്ച് മമതയോ വിദ്വേഷമോ ഒന്നും ഒന്നിനോടുില്ല പക്ഷെ ശിഷ്യൻ്റെ എന്നും പറഞ്ഞതുപോലെ ശിഷ്യനെ വിടാതെ പിടിക്കുന്നു ശിഷ്യന്റെ ദുഃഖ നിവൃത്തിയിൽ മാത്രമേ ഉള്ളൂ താല്പര്യം ശിഷ്യൻ ഗുരുവിനെ വ്യാഖ്യാനിക്കുന്നു അവൻ്റെ കാഴ്ചപ്പാടനുസരിച്ച് അപ്പോൾ ഗുരുവിനും ദോഷാരോപണം ചെയ്യുന്നു പറഞ്ഞ ഉദ്ദേശത്തിലായിരിക്കും ഇന്ന താല്പര്യത്തിലായിരിക്കും യഥാകില നീല അനീലയൂർ ആദർശൃശ്യമാനൂർ വാസസോറി നീലം തത് മഹാർഹമിരി ഛായാനിമിത്തം വാസേ വച്ച തത്വ പറയുന്നു ഒരു വസ്ത്രം ഒന്ന് നീലവർണമുള്ള വസ്ത്രം മറ്റൊന്ന് മറ്റൊരു വർണ്ണം ആ നീലം നീലമല്ലാത്ത വസ്ത്രം ഇത് രണ്ടിൻ്റെയും പ്രതിബിംബം കാണുകയാണ് ദൃശ്യമാണ് യൂർ വാസസോർ ഒരന്നു പ്രതിബിംബത്തെയാണ് കാണുന്നത് തുണി കടയിൽ ചെന്ന് ചെല്ലുമ്പോൾ അവിടുത്തെ ഗ്ലാസുകളിലൊക്കെ കാണുകയല്ലോ തുണിയുടെ പ്രതിബിംബം അതുപോലെ ഒന്ന് നീലം മറ്റൊന്നും നീലം അത് ഇത് കണ്ടിട്ട് ഒരാൾ അതിനെ ചൂണ്ടിക്കാണിച്ചിട്ട് പറയണു എ നീലം തത് മഹാർഹം ആ കാണുന്ന നീലവസ്ത്രമുണ്ടല്ലോ അത് വലിയ വിലപിടിപ്പുള്ളതാണോ എന്ന് പറയുന്നു ഇത് ഛായാനിമിത്തം വാസയോഗിച്ചത് അങ്ങനെ പറയുന്ന ഏതായിരിക്കും ആ പ്രതിബിംബത്തിൽ കാണുന്ന ഏതാണോ കണ്ണാടി കാണുന്നതാണോ മറിച്ച് ആ കണ്ണാടിയിൽ പ്രതിബിംബിച്ച ഏത് വസ്ത്രമാണോ വസ്ത്രത്തെ പറയുന്ന മഹാർഹം വലിയ വിലപിടിപ്പുള്ളതാണോ കണ്ണാടിയിൽ പ്രതിബിംബിച്ച രണ്ട് വസ്ത്രങ്ങളൊക്കെ ഉണ്ട് എന്നിട്ട് ഒരു വസ്ത്രത്തെക്കുറിച്ച് പറയുകയാണ് അത് വളരെ വിലപിടിപ്പുള്ളതാണ് പറയുന്നവനും കേൾക്കുന്നവനും നോക്കി നിൽക്കുന്ന പ്രതിബിംബത്തിലാണ് കുറേ യഥാർത്ഥ വസ്ത്രത്തിലല്ല പ്രതിബിബ് പ്രതിബിംബത്തിൽ നോക്കിക്കൊണ്ട് പറയണതാ ഇത് വിലപിടിപ്പുള്ളതാണ് എന്ന് പറയുന്നത് അപ്പോൾ എന്താ പ്രതിബിംബത്തിൽ കണ്ട നിഴലാണോ വിലപിടിപ്പുള്ളതല്ലോ പറയുന്നവൻ ഉദ്ദേശിക്കുന്നതും കേൾക്കുന്നവൻ മനസ്സിലാക്കുന്നതെന്താണ് ആ പ്രതിബിംബത്തിന് കാരണമായി ആ പട്ടിക്കകത്തിരിക്കുന്ന വസ്ത്രം അലമാരിക്കകത്തിരിക്കുന്ന വസ്ത്രം അതാണ് വിലപിടിപ്പിച്ച അതാണ് ശരിയായ താല്പര്യം ഗുരുവിൻ്റെ താല്പര്യം അതിലായിരുന്നു സത്യത്തിൽ വാസ്തവത്തിൽ ഒന്ന് മനസ്സിലാകും ഗുരു പറയുന്നത് സത്യമാണ് വാസ്തവം പറയുന്നില്ല താനതിനെ എങ്ങനെ വ്യാഖ്യാനിച്ചാല് ശരി എങ്ങനെയാണോ ആ പ്രതിബിംബത്തെ നോക്കിക്കൊണ്ട് ഇത് മഹാർഹമാണ് വിലപിടിപ്പുള്ളതാണെന്ന് പറഞ്ഞപ്പോൾ അവൻ ആ അലമാരിക്കകത്തിരിക്കുന്ന ആ വസ്ത്രത്തെ കുറിച്ചാണ് പറഞ്ഞെന്ന് ധരിക്കുന്നത് മനസ്സില പ്രതിബിംബ അല്ല എന്ന് ധരിക്കുന്ന തദ്ധതിരി അതുപോലെ വിരോചനാഭിപ്രായ ഇതുപോലെയാണ് വിരോചനെ സംഭവിച്ചത് വിരോചന എന്ത് ചെയ്തു ഇത് വളരെ വിലപിടിപ്പുള്ളതാണെന്ന് പറഞ്ഞപ്പോൾ ആ പ്രതിബിംബത്തെ അഗ്രഹിച്ചു ഗുരു പറഞ്ഞതിനെല്ലാം വിപരീതം ഗ്രഹിച്ചു ഇന്ദ്രനാണെങ്കിലോ ഗുരു പറഞ്ഞതിന് ഗ്രഹിച്ചു ഇതാ അതുകൊണ്ട് മഹാത്മാക്കളുടെ സന്നിധി കഴിയുന്നു മഹാത്മാവിന്റെ ഉപദേശം കേൾക്കുന്നു എന്നൊന്നും ഉള്ളതുകൊണ്ട് മാത്രമായില്ല ഞാനൊരു മഹാഗുരുവിൻ്റെ സമീപത്ത് കഴിയണ ഞാൻ ഭാഗ്യമാണ് എന്നുള്ള കേവലം അഭിമാനത്തിലൊന്നും ഒരർത്ഥം തന്റെ ഉള്ളിൽ ദോഷമുണ്ടെങ്കിൽ ആ ഗുരുവിന്റെ ഉപദേശമൊന്നും സദ്ബുദ്ധിയോടെ ഗ്രഹിക്കത്തില്ല ചിത്ത ഗുണദോഷവശാദേവ ഹി ശബ്ദാർത്ഥ അവധാരണം പറയും ഒരു പൊതുവായ തത്വത്തെ പറയും സ്വചിത്ത ഗുണദോഷവശാ അവനവന്റെ ചിത്തത്തിന്റെ ഗുണവും ദോഷവും അനുസരിച്ചിട്ടാണ് ശബ്ദാർത്ഥ അവധാരണം ശബ്ദത്തിന്റെ അർത്ഥത്തെ ഗ്രഹിക്കുന്നത് അപ്പം ഗുരുവിന് എന്തൊക്കെ ഉപദേശിച്ചാലും ശരി അവനവന്റെ ഉള്ളിലിരിക്കുന്ന ഗുണദോഷങ്ങൾക്കനുസരിച്ചാണ് അവനവൻ ഗ്രഹിക്കുന്നത് ആ ഗ്രഹണം കഴിഞ്ഞിട്ടല്ലേ ബാക്കി പ്രവർത്തി മുന്നോട്ടുള്ളപ്പോൾക്കെല്ലാം വരുന്നത് ഇതൊരു വലിയ തത്വമാണ് ഇവിടെ പറയുന്നത് സ്വചിത്ത ഗുണദോഷ വശാദേവ് ശബ്ദാർത്ഥ അവ സത്സംഗം കേട്ടാലും ആരുടെയൊക്കെ ഉപദേശം കേട്ടാലും എത്ര വലിയ മന്ത്രം ഉപദേശിച്ചാലും എത്ര വലിയ ഗുരു ഉപദേശിച്ചാലും ശരി ഇതെല്ലാം കേൾക്കുന്നവന്റെ യോഗ്യതയ്ക്കനുസരിച്ചാണ് അതും എന്ത് യോഗ്യത ചിത്തഗുണദോഷം അവനുമെന്റെ ചിത്തത്തിന്റെ ഗുണവും ദോഷവും അനുസരിച്ചിട്ടാണോ തുല്യ വിശ്രവണി ഖ്യാപിതം ദാമ്യത ദയധുമിതി ദകാരമാത്ര ശ്രവണ ശ്രുത്യേന്ദര് ഇക്കാര്യം തന്നെ ഇനി കൂടുതൽ വിശദീകരിക്കും ബൃഹധാരണ്യത്തിൽ എന്താണ് ദ എന്ന് പറയുന്ന ഒരു ശബ്ദം പ്രജാപതി ഉപദേശിച്ചു കഴിഞ്ഞപ്പം മൂന്നർത്ഥം ഗ്രഹിച്ചു മനുഷ്യർ ഗ്രഹിച്ചു ദാനം ചെയ്യുക അസുരന്മാർ ഗ്രഹിച്ചത് എന്താണ് ദയ കാണിക്കുക അങ്ങനെ ദേവന്മാരെന്താഗ്രഹിച്ചത് ഇന്ദ്രിയ സംയമം ചെയ്യുക ഒരേ ഒരു ദായാണ് ഉപദേശിച്ചത് ഇത് വളരെ പ്രസിദ്ധമാണ് നമ്മൾ കേട്ടിട്ടുള്ളതാണ് അതിനുള്ള ഒന്നുകൂടെ സൂചിപ്പിക്കുകയാണ് അപ്പം ഗുരുവിനെ നിങ്ങൾ എങ്ങനെ വ്യാഖ്യാനിക്കുന്നു ഗുരു നിങ്ങളെ ശരിയാണോ തെറ്റാണോ ഇതെല്ലാം ഇതൊന്നും ഗുരുവിനെ ആശ്രയിച്ചിട്ടില്ല ഗുരുവിൻ്റെ വാക്കുകളെ ആശ്രയിച്ചിട്ടില്ല അവനവനെ ആശ്രയിച്ചിട്ടാണ് ഈ അനുകൂല പ്രതികൂലങ്ങളെല്ലാം അതുകൊണ്ട് ഗുരുക്കന്മാരെ നമുക്ക് എങ്ങനെയും വ്യാഖ്യാനിക്കും അവർ പറയുന്നതിന് നന്മയും കാണാം തിന്മയും കാണാം ഗുണവും കാണാം ദോഷവും കാണാം ഇതിനൊന്നും ഗുരുക്കന്മാർ ഉത്തരവാദികളല്ല അതിനാണ് ഈ ഉദാഹരണം പറയുന്നത് ദാമ്യതി ദത്ത ദയധുമിതിരെ നിമിത്താൻ വിതാനുഗുണാൻ സഹകാരിണി ഭഗവാന് പറയുന്നു ആ സാഹചര്യങ്ങൾ മറ്റു കാര്യങ്ങളെല്ലാം അത് അനുകൂലമാകുന്നതും പ്രതികൂലമാകുന്നതും എല്ലാ അവനവൻ്റെ ഇതനുസരിച്ച് പറയുന്നില്ല ഞാൻ ഇത്രയും വർഷം ഗുരുവിൻ്റെ സമീപത്തിൽ കഴിഞ്ഞു മുപ്പത് വർഷം കഴിഞ്ഞു നാൽപ്പത് വർഷം കഴിഞ്ഞു ഇതൊക്കെ നിമിത്തങ്ങളൊന്നും സാഹചര്യങ്ങൾ ഇതൊക്കെ വളരെ ശ്രേഷ്ഠമായ ഉത്തമമായ സാഹചര്യങ്ങളാണ് അപ്പോൾ എന്നിട്ടും ചിലർ സ്വയം വിലപിക്കുമോ എന്നിട്ടും ഞാൻ നന്നാകുന്നില്ലല്ലോ ചിലർ മറ്റുള്ളവരെ കണ്ടിട്ട് വില വയ്ക്കും ഇവൻ ഈ നാശം നന്നായില്ലോ ഇത്രയും കാലം കഴിഞ്ഞിട്ട് അങ്ങനെ ഇത് രണ്ടും സംഭവിക്കുന്നത് തത് അനുഗുണാനീവ സഹകാരി ഇതെല്ലാം ഈ സാഹചര്യങ്ങൾ ഇതെല്ലാം അവനവന്റെ ഗുണമനുസരിച്ചിട്ടാണ് ഇത് ഗുണം ചെയ്യുന്നു ദോഷം ചെയ്യുന്നു ആത്യന്തികമായി ഇതെല്ലാം അവനവന് തന്നെ ഇരുന്നു അവിടെയാണ് ഇതിൻ്റെയൊക്കെ അവസാന തീരുമാനം ഉണ്ടാകുന്നത് അല്ലാതെ അതിനൊന്നും ഗുരുവിനെ പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞെല്ലാം ആത്യന്തികമായി ശിഷ്യന്മാരിലാണ് ഗുരുവിലല്ല ഫലം എന്നുള്ളത് സമർത്ഥിക്കുകയാണ്